यस्तम वेदस യം വേദസ വേദവി അധശ്യോർവ്വം പ്രസാദാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാണ അധശ്ചൂലുസന്തതാ കർമാധീനി മനുഷ്യലോകെ നൂപ്പമസേഹ തഥോപലഭ്യത്തെ നാതിർന്ന अश्वत्थमेनं സുവിരുമൂലം അസംഗശസ്ത്രേണ दृढेन चित्वा തത പദം തത് പരിമാർഗ്തം എസ് ഗതാ നിവർത്ത ഭൂയ തമേ ചാദ്യം പുരുഷം പ്രപദ്ധേ യവൃത്തി പ്രസൃത ശ്ലോകം ഏഷോശ്വത്ഥസാത ശ്രുതി ഈ അശ്വത്വത്തിന് ഉപനിഷത്ത് ഈ അശ്വത്വത്തിനെ കുറിച്ച് പറയുന്നു ഈ വൃക്ഷത്തിന് ഇത് അനാദികാലമായി തുടർന്നു വരുന്ന ഒരു വൃക്ഷം ഇതിനെ സംസാരവൃക്ഷം പ്രപഞ്ചമാവുന്ന വൃക്ഷം എന്ന് പറഞ്ഞു ഇതിന്റെ വേര് ാണ് ചൈതന്യത്തിൽ നിന്നും ഈ വൃക്ഷം പൊന്തി ഈശ്വരനിൽ നിന്നും പൊന്തി ഭാഗവതത്തിൽ ചതുശ്ലോകീ ഭാഗവതം എന്ന് നമ്മൾ പറയുന്നു ചതുശ്ലോകി ഭാഗവതം അല്ല വാസ്തവത്തിൽ അത് ഏകശ്ലോകി ഭാഗവതമാണ് അതിൽ ഒരു ശ്ലോകമാണ് മുഖ്യം പ്രധാനം ഹൃദയം അഹമേവാസമേവാഗ്രേ അന്യ സദസത് പരം പശ്ചാത്തം േത സോസ്മ്യഹം സൃഷ്ടി ആരംഭത്തിൽ ഈ സൃഷ്ടി എന്ന് നിങ്ങൾ കാണുന്ന ഈ പ്രതിഭാസം ഈ പ്രപഞ്ചം അനിർവചനീയ രചനാവൈഭവത്തോടുകൂടിയുള്ള ഈ വിശ്വം അത് ആരംഭിക്കുന്നതിനു മുമ്പ് ഇവിടെ എന്തുണ്ടായിരുന്നു ഭഗവാൻ തന്നെ പറയുന്നു ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പിന്നീട് ഈശ്വരനെ തനിയെ ഇരുന്ന് ബോറടിച്ചു എന്നാണ് ശ്രുതി ഉപനിഷത്ത് തന്നെ പറയുന്നത് അദ്ദേഹത്തിന് തനിയെ ഇരുന്നപ്പോ ബോറടിച്ചു അത്രേ സത്സംഗം വേണം എന്ന് തോന്നി സത്സംഗം വേണം എന്ന് തോന്നിയപ്പോ ഭഗവാൻ ഭഗവാന്റെ വയറ്റിലേക്ക് നാഭിയിലേക്ക് നോക്കി നോക്കിയപ്പോ നാഭിയിൽ നിന്നും ഒരു താമര പൊന്തി ഒരു കമലം പൊന്തി കൂമ്പി നിൽക്കുക അതിൽ ഭഗവാന്റെ കൃപാദൃഷ്ടി വീണപ്പോ ആ കമലം വിരിഞ്ഞു അതിലേക്ക് ഭഗവാൻ എത്തി നോക്കി നോക്കിയപ്പോ ഭഗവാൻ തന്നെ അതിലേക്ക് പ്രവേശിച്ച് ബ്രഹ്മാവായിട്ടിരുന്നു എന്നിട്ട് ഭഗവാൻ ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ കടന്ന് തന്നോട് ചോദിക്കാൻ പറഞ്ഞു ബ്രഹ്മവിദ്യ ചോദിക്കാൻ പറഞ്ഞു എന്നിട്ട് ഭഗവാൻ തന്നെ ഉത്തരം പറഞ്ഞു അവിടുന്ന് ബ്രഹ്മാവിൽ നിന്ന് ഇങ്ങനെ പടർന്നു പടർന്നു പടർന്നു വന്നു ഈ സൃഷ്ടി ഏതായാലും ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ രണ്ട് കാര്യം ഒന്ന് നിത്യശുദ്ധ ബുദ്ധമുക്തസ്വരൂപമായ ചൈതന്യത്തിൽ ആവിർഭവിക്കുന്നതാണ് ഈ സൃഷ്ടി സൃഷ്ടിക്കപ്പെട്ടതൊന്നും തന്നെ ചൈതന്യത്തിൽ നിന്ന് അന്യമല്ല സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ചൈതന്യത്തിൽ നിന്നും അന്യമല്ല രണ്ട് ബ്രഹ്മവിദ്യ സൃഷ്ടിക്ക് മുമ്പ് തന്നെ പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് രണ്ടു കാര്യവും ഈ ചതുശ്ലോകി ഭാഗവതം ആട്ടെ അപ്പൊ ഈ പ്രപഞ്ചമാവുന്ന വൃക്ഷം വിത്തിൽ നിന്നും വൃക്ഷം മറ്റു വേറൊന്നല്ല ഭഗവാനിൽ നിന്നും പ്രപഞ്ചം വേറൊന്നല്ല അതുകൊണ്ടാണ് ഭഗവാൻ സൃഷ്ടിക്കപ്പെട്ട ശേഷവും ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഇനി സൃഷ്ടിയൊക്കെ അസ്തമിച്ചാലും ഞാൻ മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ അപ്പോ പ്രപഞ്ചമായിട്ട് കാണപ്പെടുന്നത് എന്താണ് പരമാത്മാ നാമരൂപം സ്വീകരിക്കുന്നു അത്രയേ ഉള്ളൂ നാമരൂപ സ്വീകരണമാണ് പ്രപഞ്ചം അസ്ഥി ഭാതി പ്രിയം നാമം രൂപം എന്നാണ് അതിൽ നാമവും രൂപവും എടുത്താൽ ബാക്കി എന്തോ ഉണ്ടോ അത് പരമാത്മസ്വരൂപമാണ് ഭഗവത് സ്വരൂപമാണ് നാമരൂപവും ഭഗവത് സ്വരൂപമാണ് പക്ഷെ നാമരൂപം ഒരു ഭ്രമത്തിനും ഉണ്ടാക്കും സ്വർണം കൊണ്ട് വളയുണ്ടാക്കണു മാല ഉണ്ടാക്കുന്നു മോതിരം ഉണ്ടാക്കുന്നു കിരീടം ഉണ്ടാക്കുന്നു നെക്ലസ് ഉണ്ടാക്കുന്നു അതിൽ തന്നെ പല പാറ്റേണും ഉണ്ടാക്കണം എല്ലാം ഒരേ ഒരു ഘട്ട സ്വർണം ഒരു ഘട്ട സ്വർണം എടുത്തിട്ട് വളയാക്കി മാറ്റി മാലയാക്കി മാറ്റി മോതിരമാക്കി മാറ്റി നെക്ലസ് ആക്കി മാറ്റി ചെവിയിലിടാനുള്ള ആഭരണമാക്കി മാറ്റി എല്ലാം മാറ്റി എന്നിട്ട് ആ കടയിൽ നിരത്തി വെച്ചു വാങ്ങിക്കാൻ പോകുന്ന നമ്മൾ എന്ത് പറയുന്നു അയ്യെ എനിക്കീ മാല ഇഷ്ടമായില്ല എനിക്ക് ഈ പാറ്റേണാണ് ഇഷ്ടപ്പെട്ടത് എനിക്കിപ്പോ ചെവിക്ക് ഉള്ളതൊന്നും വേണ്ട എനിക്ക് വളയാണോ ഇപ്പൊ വേണ്ടത് എനിക്ക് മാല വേണ്ട എനിക്ക് വളയാണോ വേണ്ടത് ഇങ്ങനെ ചൂസിംഗ് ചോയ്സ് ഇത് വേണം ഇത് വേണ്ട ഇതൊരു ഉദാഹരണമാണ് കേട്ടോ ഈ ഉദാഹരണത്തിനെ പാരമാർത്ഥികത്തിൽ കൊണ്ട് യോജിപ്പിക്കരുത് ഇതൊരു ഉദാഹരണം മാത്രം ഇത് വേണം ഇത് വേണ്ട എന്നുള്ള തോന്നൽ വന്നു അല്ലെ തോന്നൽ എന്തുകൊണ്ട് വന്നു അതിനൊരു പാറ്റേൺ നാമരൂപം ഉള്ളത് വന്നു ഇല്ലെങ്കിൽ ഒന്നും ആരും ഒന്നും ചൂസ് എടുത്തോണ്ട് പോകും ഈ നാമരൂപത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് ഇന്നാ സ്വാമി നമുക്ക് നാമരൂപത്തിന് പ്രാമുഖ്യം കൊടുക്കാതെ ഒരു ഘട്ട സ്വർണത്തിനെ കഴുത്തിലിടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുഴപ്പം പറ്റി പോകും ഉദാഹരണത്തിനെ പാരമാർത്ഥികത്തിൽ യോജിപ്പിക്കരുത് ആദ്യമേ പറയാം ഇത് വെറും ഉദാഹരണം മാത്രം പക്ഷെ ഈ നാമരൂപത്തിന് പ്രാമുഖ്യം കൊടുക്കുമ്പോ എന്തു വന്നു എന്ന് വെച്ചാൽ വസ്തുവിനെ മറന്നുപോകും ഏത് വസ്തു കൊണ്ടാണോ ആ വസ്തു പിടിവിട്ടു പോകും നേരെ മറിച്ച് ഒരു കള്ളം കക്കാൻ വരിക രാത്രി നമ്മള് കല്യാണത്തിന് ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചു പുതിയതായിട്ട് സെലക്ട് ചെയ്ത് വെച്ച ആഭരണങ്ങളൊക്കെ ഒരു പെട്ടിയിലിട്ട് വെച്ചു പഴയ ആഭരണങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതും ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് തീരുമാനിച്ചു പൊട്ടിയതും പണ്ടത്തെ കാലത്ത് ഉണ്ടാവില്ലേ മൂക്കുന്ന ചെവിയിലേക്ക് ഒരു കണക്ഷൻ വിനോബ ഭാവ അദ്ദേഹത്തിന്റെ ഗീതാപ്രവചനത്തിൽ സത്വഗുണം രജോ ഗുണം തമോ ഗുണം പറയുമ്പോ രജോ ഗുണത്തിന് എന്ത് ഉദാഹരണമാ പറയണ അറിയോ രജോഗുണത്തിന് ഉദാഹരണം പറയുമ്പോ മറ്റുള്ളവരെ ഒക്കെ കണ്ട് ഇമിറ്റേഷൻ ചെയ്യുക അത് രജോഗുണത്തിന്റെ ഒരു ലക്ഷണമാണ് അതിൽ പലതും ആകാശത്ത് പറക്കുന്ന പക്ഷികളെ കണ്ടാ പ്ലെയിൻ ഉണ്ടാക്കണം തോന്നും ജലത്തിൽ പോകുന്ന മത്സ്യത്തിനെ കണ്ടാൽ കപ്പലുണ്ടാക്കണം തോന്നും ഇതിങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് വന്നിട്ട് മനുഷ്യൻ തനിക്ക് ഒരു വിധത്തിലും ഉപയോഗമില്ലാതെ വെറുതെ കഷ്ടപ്പെടും അത് രജസിന്റെ ലക്ഷണമാണ് അതിന് ഒരു ഉദാഹരണം അദ്ദേഹം പറയണത് വെനക്കെട്ട് സമുദ്രത്ത് പോയി കുറെ കുപ്പ പറക്കിക്കൊണ്ടുവരും എന്നിട്ട് അതിന് മുത്ത് എന്ന് പേര് വെക്കും അതിന് മണ്ണ് പെറുക്കിക്കൊണ്ടുവന്ന് വേറെ കുറെ കുപ്പ അതിനെ സ്വർണം എന്നോ രത്നം എന്നോ പേരൊക്കെ വെച്ചിട്ട് മൂക്കിലും ചെവിയിലും ഒക്കെ ഓട്ടത്തുടച്ചിട്ട് അവിടെ അവിടെ തൂക്കിയിടും അതിനധികം രജോ ഗുണത്തിന്റെ ലക്ഷണം എന്ന് പറയണം എന്നിട്ട് അതിന്റെ പേരിൽ പരസ്പരം വെട്ടുകയും കുത്തുകയും ചണ്ട കൂടുകയും ഒക്കെ ചെയ്യുമെന്നാണ് അപ്പൊ അതിരിക്കട്ടെ അത് വിഷയം വേറെ അപ്പോ കക്കാൻ വരണു കള്ളൻ അപ്പൊ നമ്മള് പഴയ ആഭരണങ്ങളൊക്കെ ഒരു വെട്ടിയിലിട്ട് പൂട്ടി പുതിയതൊക്കെ എടുത്ത് മാറ്റിവെച്ചു കക്കാവം വന്ന അലമാറ കുത്തിപ്പൊളിച്ച കള്ളൻ പഴയ പെട്ടിയും പുതിയ പെട്ടിയും ഒക്കെ തുറന്നു അയ്യ് ഇതൊക്കെ പഴയ പാറ്റേൺ ആണ് വേണ്ട എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോവോ നമുക്ക് പുതിയ പാറ്റേൺ മാല മാത്രം മതി പുതിയ വള മാത്രം മതി പുതിയ മോതിരം മാത്രം മതി എന്ന് പറയുവോ കള്ളന് പൊട്ടിയതായാലും ശരി പഴയതായാലും ശരി അയാൾ ഒരേ ഒരു ദൃഷ്ടിയെ അയാൾക്കുള്ളൂ എന്താ സ്വർണം അല്ലെ ഇതിന് ശങ്കരാചാര്യസ്വാമികൾ കനകൈക മഹാദൃഷ്ടിഹി എന്ന് പറയുന്നു കനകൈക മഹാദൃഷ്ടിഹി എന്ന് പറഞ്ഞ കനകത്തില് മാത്രം ദൃഷ്ടി അതില് എന്ത് ഫോമാണ് എന്ത് പാറ്റേൺ ആണ് എന്ത് രൂപം ഒന്നും നോക്കണില്ല അതുപോലെ ജ്ഞാനികളും ഒരു തരത്തിൽ കള്ളന്മാരാണ് അവർക്ക് കനകൈക മഹാദൃഷ്ടിയേ ഉള്ളു എല്ലാ നാമരൂപവും അവർ കാണുന്നു എല്ലാ നാമരൂപത്തിനെയും അവർ ആസ്വദിക്കുകയും ചെയ്യും നോക്കണം ഇതിലിപ്പോ നാമരൂപ നീന്ത പോലും ഇല്ല നമ്മൾ ഈ ഉദാഹരണത്തിന് പാരമാർത്ഥികത്തിൽ യോജി യോജിപ്പിക്കുമ്പോ അതാണ് കുഴപ്പം പറ്റെന്ന് പറയുന്നത് ഈ സത്യത്തിനെ കണ്ടവർക്ക് നാമരൂപം നിന്തയും ഇല്ല ശങ്കരാചാര്യ സ്വാമികൾ ദേവിയെയൊക്കെ വർണ്ണിച്ചിരിക്കുന്നതും ശിവനെയും വിഷ്ണുവിനെയൊക്കെ വർണ്ണിച്ചിരിക്കണതുമൊക്കെ കണ്ടാൽ എത്ര കണ്ട് ആസ്വദിച്ചിരിക്കുന്നു പക്ഷെ ആ ആസ്വാദനത്തിലൊക്കെ എന്തു മാറ്റം വന്നുപോയി വെച്ചാൽ രാഗദ്വേഷം പരബ്രഹ്മം തന്നെ പല രൂപങ്ങൾ കൊണ്ട് മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു ഓരോ രൂപത്തിനെയും ആസ്വദിക്കണം ഓരോ രൂപത്തിനെയും കണ്ട് ആസ്വദിക്കും അപ്പൊ ഈ പ്രപഞ്ചമാവുന്ന ഈ വൃക്ഷം ഏത് സംസാരവൃക്ഷം എന്ന് പറഞ്ഞുവോ ആ വൃക്ഷം തന്നെ അസാരമായിരിക്കില്ല സാരവത്തായിട്ട് തീരും എപ്പോ അത് പരബ്രഹ്മസ്വരൂപമായിട്ട് കാണപ്പെടുമ്പോ പക്ഷേ പരബ്രഹ്മസ്വരൂപമായിട്ട് കാണാതെ ഇപ്പൊ നമുക്ക് പ്രപഞ്ചം എങ്ങനെ തോന്നുന്നു രാഗദ്വേഷ കലുഷം ആയിട്ട് തോന്നും അപ്പൊ സംസാരത്തിനെ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ എന്താ ഉടുത്തിരിക്കണ തുണി കാഷായം കലക്കി മു തലമുടി മൊട്ടയടിക്കാം അല്ലെങ്കിൽ നീട്ടിയോ വളർത്തിയോ എന്തെങ്കിലും ചെയ്യാ പേരു മാറ്റിയാൽ കഴിഞ്ഞോ രമണ മഹർഷിയോട് കാവ്യകണ്ഠ ഗണപതി മുനി ചോദിച്ചു അദ്ദേഹം അതൊക്കെ സംസ്കൃതത്തിൽ എഴുതി വെച്ചു രമണഗീത സന്യാസം എന്താണെന്ന് ചോദിച്ചു അതൊരു മഹർഷി കൊടുത്ത മറുപടി സന്യാസോ നിർമ്മലം ജ്ഞാനം കാഷായോ നച്ച മുണ്ടനം നിർമ്മലമായ ജ്ഞാനമാണ് സന്യാസത്തിന്റെ ലക്ഷണം ആചാര്യസ്വാമികളും ജ്ഞാനം സന്യാസലക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീതാഭാഷ്യം ആരംഭിക്കുന്നത് ആത്മജ്ഞാനമാണ് സന്യാസം ആത്മജ്ഞാനം ആർക്കുണ്ടോ അവര് ഗൃഹസ്ഥന്മാരായിരിക്കട്ടെ ചക്രവർത്തിമാരായിരിക്കട്ടെ എത്ര വ്യവഹാര ബാഹുല്യത്തിന്റെ നടുവിലിരിക്കണവരായിരിക്കട്ടെ ആർക്ക് ജ്ഞാനമുണ്ടോ അവർ സന്യാസികളാണ് സന്യാസ വേദാന്ത വിജ്ഞാന സന്യാസയോഗാത് യതയ ശുദ്ധസത്വാ അപ്പൊ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥത്വം ആണ് സന്യാസലക്ഷണം വേദാന്ത വിജ്ഞാനത്തിൽ ദാർഢ്യം എന്ന് വെച്ചാൽ ഇന്റലക്ച്വൽ അല്ല എക്സ്പീരിയൻഷ്യൽ അനുഭവപരമായിട്ടുള്ള നിശ്ചയദാർഢ്യം അനുഭൂതിയിൽ നിന്ന് വരുന്ന നിശ്ചയം അതേർപ്പെടുമ്പോ സംസാരത്തിനെ പാടെത്യജിക്കുന്നു ഇതൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞളെ എന്നിട്ട് നമുക്ക് കിടക്കാം സംസാരത്തിനെ ത്യജിക്കുന്നു വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം ലോകത്തിനെ ഉപേക്ഷിക്കണം എന്ന് തോന്നുമ്പോ ഒന്ന് ആലോചിക്കുക ലോകത്തിനെ എങ്ങനെ ഉപേക്ഷിക്കും തല്ലി പൊട്ടിച്ച് അറബിക്കടലിൽ കൊണ്ടുപോയി കലക്കിക്കളയാൻ പറ്റുക എവിടെ ഉപേക്ഷിക്കും എങ്ങനെ ഉപേക്ഷിക്കും എന്തിനെ ഉപേക്ഷിക്കാൻ കഴിയും എവിടെ ഉപേക്ഷിച്ചാലും ഇതിനകത്ത് തന്നെ അപ്പൊ ഉപേക്ഷ എന്ന് വെച്ചാൽ എന്താ ഇതൊന്നും എന്റെ വ്യാഖ്യാനമല്ല സാക്ഷാത് ശ്രീശങ്കരൻ തന്നെ പറയുന്നു ത്യാഗ പ്രപഞ്ചരൂപ ബ്രഹ്മാത്മത്വവലോകനത് ത്യാഗോ ഹി മഹതാ പൂജ്യ സദ്യോ മോക്ഷമയോ വിദു പ്രപഞ്ചരൂപസ് ഈ പ്രപഞ്ചത്തിനെ ത്യജിക്ക എങ്ങനെ ത്യജിക്കുന്നു ബ്രഹ്മാത്മത്വ അവലോകനത്ത് ഈ പ്രപഞ്ചത്തിൽ നാമരൂപങ്ങളൊക്കെ കണ്ട് ഭ്രമിച്ചു പോയി രാഗദ്വേഷം ഉണ്ടാക്കാതെ ഇതൊക്കെ തന്നെ ആ പരമാത്മാവിന്റെ ആ സർവേശ്വരൻറെ ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണ് ഓരോന്നും ആ ഭഗവാൻ തന്നെ എന്ന് കാണുമ്പോ എന്തു സംഭവിക്കുന്നു രാഗം ഉണ്ടാവുന്നില്ല ദ്വേഷം ഉണ്ടാവുന്നില്ല ഒന്നിനോടും പ്രത്യേകിച്ച് ആസക്തിയോ വൈരാഗ്യമോ മനസ്സ് ബന്ധപ്പെടില്ല ഹൃദയം ബന്ധപ്പെടും സർവവസ്തുക്കളോടും ഹൃദയബന്ധം ഉണ്ടാവും പരമാത്മദർശനം ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേക ധ്യാനമൊന്നും വേണ്ട ഭഗവത്ഗീതയിൽ ഭഗവാൻ പത്താമത്തെ അധ്യായം വിഭൂതിയോഗം പറഞ്ഞിട്ട് പറഞ്ഞു ഈ ജഗത്തിനെ മുഴുവൻ ഭഗവത് വിഭൂതിയായി കാണുന്നവൻ അവികമ്പയോഗത്തിൽ പ്രതിഷ്ഠിതനാണെന്നാണ് സഹ അവികമ്പേന യോഗേന യുജ്യതേനാത്ര സംശയ അയാൾ നടക്കട്ടെ ഇരിക്കട്ടെ ഊണ് കഴിക്കട്ടെ വർത്തമാനം പറയട്ടെ വ്യവഹാരം ചെയ്യട്ടെ എല്ലാവരുടെ നടുക്കും ഇരിക്കട്ടെ അയാൾക്ക് വ്യവഹാരം അയാൾ യാതൊന്നുകൊണ്ടും കളങ്കപ്പെടില്ല ആകാശത്തിൽ മേഘങ്ങൾ വരട്ടെ പോകട്ടെ ഇരുട്ട് വരട്ടെ വെളിച്ചം വരട്ടെ എന്തുകാലും ആകാശം സ്പർശിക്കപ്പെടാതെ നിൽക്കുന്ന പോലെ ഈ പരമാത്മതത്വം തെളിഞ്ഞ ആൾക്ക് മനസ്സിന്റെയോ ശരീരത്തിന്റെയോ ചലനങ്ങൾ ഒന്നും തന്നെ അയാളെ അല്പം പോലും തീണ്ടുന്നില്ല സ്പർശിക്കുന്നില്ല അതീവ ശുദ്ധനായിട്ട് വർത്തിക്കുന്നു അപ്പോ അങ്ങനെ ഒരു പരിശുദ്ധി ഏർപ്പെടുമ്പോ ഈ പ്രപഞ്ചം പ്രപഞ്ചമാവുന്ന വൃക്ഷം അത് സംസാരവൃക്ഷമല്ല പരബ്രഹ്മവൃക്ഷമായിട്ട് തീർന്നു പക്ഷെ ഇപ്പോ ഇപ്പോ നമുക്ക് കാണപ്പെടുന്ന വൃക്ഷത്തിനെയാണ് ഭഗവാൻ ഇവിടെ വർണ്ണിച്ചത് ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദാംസി യാനി യസ്തം വേദസ വേദവിത് ഈ വൃക്ഷത്തിനെ ശരിക്കു കണ്ടറിഞ്ഞിട്ടുള്ളവൻ വേദത്തിനെ അറിഞ്ഞവനാണ് എങ്ങനെ ശരിക്കു കണ്ടറിയൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം വൃക്ഷം ബ്രഹ്മമായിട്ടാരാൽ അറിയപ്പെട്ടിരിക്കുന്നുവോ ഇത് പ്രപഞ്ചമായിട്ടല്ല പരമാത്മാവായിട്ട് ഏ പ്രപഞ്ചം എന്ന് കണ്ട പ്രപഞ്ചം പരമാത്മ എന്ന് കണ്ടാൽ പരമാത്മ തിരുമൂലർ എന്ന സിദ്ധൻ തമിഴിൽ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഒരു അച്ഛൻ ഒരു കുട്ടിക്ക് ഒരു വാങ്ങിച്ചു കൊടുത്തു മരം കൊണ്ടുള്ള ആന പക്ഷേ കണ്ട നല്ല ആന ലക്ഷണമൊത്ത ആന അല്ലെ കേരളത്തില് ഇപ്പൊ തൃപ്പണിത്തര വന്നപ്പോ തന്നെ ഞാൻ ചെവി കേട്ടത് തൃപ്പുണിത്തരപ്പൻ പൂർണ്ണത്രീശൻ ആനപ്രിയനാണ് കേരളക്കാർക്ക് ആന പ്രിയവും കുറച്ച് കൂടുതലാണ് നമുക്ക് ആനയുടെ ലക്ഷണമൊക്കെ നോക്കി തുമ്പി കൈ എത്ര നീളമുണ്ട് ചോട്ടില് സ്പർശിക്കണമുണ്ടോ ഒക്കെ നോക്കും അല്ലേ ആനയെ മകന് മരം കൊണ്ട് ഉണ്ടാക്കി ആന വാങ്ങിച്ചു കൊടുത്തു കുട്ടിക്കത് ആനയാണ് കുട്ടി ആന അതിന്റെ മേലെ കയറിയിരുന്നു അത് വലിച്ചുകൊണ്ട് നടന്നു അതേസമയം ഒരു മരക്കച്ചവടക്കാരൻ അയാള് ഇത് കണ്ട ഉടനെ ഇത് നല്ല മരവാണല്ലോ തട്ടി നോക്കി ഒരു ബ്ലേഡ് എടുത്ത് ഒരു ഓരത്തില സ്ക്രാച്ച് ചെയ്ത് നോക്കി ഇതെന്താ വീട്ടിയാണോ വേപ്പാണോ തേക്കാണോ വേങ്ങയാണോ സ്ക്ര സ്ക്രാച്ച് ചെയ്തു നോക്കും അയാൾക്ക് ആന എന്നുള്ള വിചാരമേ ഇല്ല ഇത് കണ്ടപ്പോ സിദ്ധൻ ഒരു പാട്ട് പാടി മരത്തിൽ മറൈന്ദത് മാമതൈ ആന മരത്തെ മറൈത്തത് മാമതൈ ആന ആ ആദ്യം മരത്തിന് ആന മറച്ചു എന്നുവെച്ചാലോ ആന എന്നുള്ള പേര് ആനയുടെ രൂപം ഉള്ളത് മരമാണ് പക്ഷെ മരം എന്നുള്ള തോന്നലേ ഇല്ല കുട്ടിയെ സംബന്ധിച്ച് ആനയാണ് അപ്പോ മരത്തെ മറിത്തത് മാമതൈ ആനൈ ആ മരത്തിനെ ആന മറച്ചു നല്ല കൊമ്പനാന ലക്ഷണോത്ത ആന എന്നുള്ള ദൃഷ്ടി മരത്തിനെ മറച്ചു അത് പതുക്കെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയപ്പോ വിമർശനം ചെയ്ത് ഒന്ന് ഒന്ന് ഒന്ന് ഉറച്ചു നോക്കിയപ്പോ മരത്തിൽ മറയിത് മാമതൈ ആനൈ ആന മറഞ്ഞു പോയി എന്നാണ് ഇപ്പൊ കാണാനില്ല ഇതേപോലെ പ്രപഞ്ചമായിട്ട് കാണുമ്പോ പരമാത്മാവിനെ ഒരിടത്തും കാണാനില്ല ഹിരണ്യ കശുപും പ്രഹ്ലാദനും ഒരേ സ്ഥലത്ത് നിക്കണം പ്രഹ്ലാദനോട് ഹിരണ്യ കശുപു ചോദിക്കുന്നു എവിടെയാടാ നാരായണൻ എവിടെ നാരായണൻ ന ദൃശ്യത്തെ പ്രഹ്ലാദൻ പറയുന്നു ദൃശ്യത്തെ ദൃശ്യത്തെ ദൃശ്യത്തെ ഖലൂ നാരായണൻ അല്ലാതെ ഒന്നും കാണാനില്ലല്ലോ രണ്ടുപേരും ഒരേ സ്ഥലത്താണേ ഈ തൂണിൽ ഉണ്ടോ പ്രത്യേകം ഒരിടത്തുണ്ടോ പ്രഹ്ലാദിനെ എന്ത് ഉത്തരം പറയും അച്ഛ തൂണിലാണ് അവനുള്ളത് അല്ല അല്ല തൂണ് അവനിലാണുള്ളത് ഈ തൂണ് തന്നെ അവനാണോ അങ്ങനെയാണ് പറയേണ്ടത് അല്ലെ അപ്പോ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിൽക്കുന്നു ദൃഷ്ടിയിൽ വ്യത്യാസം വന്നുപോയി മരം എന്ന് കണ്ട ആനയെ കാണാനില്ല ആന എന്ന് കണ്ടപ്പോ മരത്തിനെ കാണാനില്ല മരം പ്രാമുഖ്യമില്ലാതെ പോയി മരത്തൈ മറിത്തത് മാമതൈ ആനയും മരത്തിൽ മറൈതത് മാമതൈ ആണെ പരത്തെ മറത്തത് പാർമുതർ ഭൂതം പരത്തിൽ മറൈതത് പാർ മുതർ ഭൂതമേ പരത്തെന്ന് വെച്ചാൽ പരമാത്മാവിനെ പാർ മുതർഭൂതം പാർ എന്ന് വെച്ചാൽ ഭൂമി ഭൂമി വെള്ളം അഗ്നി വായു ആകാശം എന്ന പഞ്ചഭൂതങ്ങളും പരമാത്മാവിനെ മറച്ചു ആരാഞ്ഞു നോക്കിയപ്പോ ഈ ഓരോ ഭൂതങ്ങളെയും വിശകലനം ചെയ്ത് നോക്കുമ്പോ ഇന്ന് സയൻസ് നമ്മളോട് പറയും ഇവിടെ മൈക്ക് ഇല്ല ഇലക്ട്രോണും പ്രോട്ടോൺസും ഒക്കെയാണെന്ന് പറയും അല്പം കൂടെ അങ്ങട് വിശകലനം ചെയ്താൽ ഇവിടെ ഇലക്ട്രോണും ഇല്ല ന്യൂട്രോണും പ്രോട്ടോണും ഒന്നുമില്ല ഇവിടെ ശുദ്ധമായ ചേതന മാത്രമേ ഇവിടെ ഉള്ളൂ ബോധം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് നാളെ പറയും ഇന്നലെ പറഞ്ഞല്ലോ ഗോഡ് പാർട്ടിക്കിൾ എന്ന് അന്വേഷിക്കണോ അന്വേഷിച്ച് അന്വേഷിച്ച് പറയാം അവസാനം എല്ലാത്തിനും ആശ്രയഭൂതമായ ഒരേ ഒരു സത്ത ആ ഒരു സത്ത മാത്രം അതിനെ കാണുമ്പോ എന്താ നാമരൂപങ്ങൾക്കൊന്നും പ്രാമുഖ്യമില്ലാതെ പോയി പരത്തിൽ മറയുന്നത് പാർമുതർഭൂതമേ ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണി നാരായിടുന്നു കുടവും പാരായിടുന്നു ആരാഞ്ഞു നോക്കുമ്പോ തിരകളില്ല ഓക്കെ ജലം സമുദ്രവും ജലം തിരകളും ജലം കുമളയും ജലം ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണി നാരായിടുന്നു പാമ്പ് എന്ന് തോന്നി ലൈറ്റ് അടിച്ചു നോക്കിയപ്പോ കയറ് കുടവും പാരായിടുന്നു മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടം ചട്ടി ഒക്കെ നോക്കുമ്പോ വെറും മണ്ണ് മൃത്തികേത്യേവ സത്യം അപ്പോ ഈ പ്രപഞ്ച രൂപത്തിൽ പരിണമിച്ചു കാണപ്പെടുന്നത് അതിൽ സത്യത്വ ബുദ്ധി ഓരോന്നും പ്രത്യേകം പ്രത്യേകം സത്യമാണെന്നും നാമരൂപങ്ങൾ ഉണ്മയാണെന്നും കരുതുമ്പോ അതിനോട് ബന്ധം സ്ഥാപിച്ച് രാഗം ദ്വേഷം ആസക്തി മുതലായിട്ടുള്ളതൊക്കെ ഉണ്ടാവുന്നു നേരെ മറിച്ച് ഈ നാമരൂപങ്ങളൊക്കെയായി ഒരേ ഭഗവാൻ തന്നെയാണ് പ്രകാശിക്കണത് എന്ന അനുഭൂതി ഏർപ്പെട്ടാൽ ഒരു നാമരൂപത്തിനോടും പറ്റിക്കൂടില്ല മനസ്സ് എല്ലാ നാമരൂപവും ഭഗവാന്റെ തന്നെ ഇന്നലെ എരുമക്കഥ പറഞ്ഞല്ലോ ഇതേപോലെ മറ്റൊരു കഥ വാസുദേവ മനനത്തിൽ പറയുന്ന ഒരു കഥ ഒരു ശിഷ്യൻ എന്നുവെച്ചാൽ ഒരു ഗൃഹസ്ഥൻ കുറച്ചുകാലം ഗൃഹസ്ഥാശ്രമത്തിൽ വസിച്ച് ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ച് സന്യാസമെടുത്തുകൊണ്ട് പോയി ഒരു ഗുരുവിന്റെ ആശ്രമത്തിൽ കുറച്ചുകാലം വസിച്ചു ആ ഗുരു വേദാന്തോപദേശം ചെയ്തു അതൊക്കെ കേട്ട് ഇദ്ദേഹം മനസ്സിനെ പതുക്കെ ശമിപ്പിക്കാൻ ശ്രമിക്കുക ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ് മനസ്സടങ്ങുന്നില്ല എത്ര ശ്രമിച്ചാലും മനസ്സിങ്ങനെ ചപലമായിട്ട് ഓടി നടക്കണം അപ്പൊ ഗുരുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചപ്പോ ഒരു രക്ഷയില്ല മനസ്സ് ശാന്തമാവണില്ല ഞാൻ എന്ത് ചെയ്യും അപ്പൊ ആ ഗുരു പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ കുറച്ചു ദിവസം നോക്ക താങ്കൾ താങ്കളുടെ മനസ്സിനെ തന്നെ ശ്രദ്ധിക്കൂ മനസ് എന്തിനെക്കുറിച്ചാണ് വീണ്ടും വീണ്ടും വിചാരിക്കണത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് എന്നോട് വന്ന് പറയും അതായത് ആസക്തി എന്തിലുണ്ടോ അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും വിചാരിക്കും നമുക്കിപ്പോ പച്ചക്കറിയെ കുറിച്ച് പച്ചക്കറി വാങ്ങിക്കണം അരിക്ക് വില കൂടി എലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം ഇതൊന്നും ദിവസം വിചാരിക്കില്ല അല്ലെ അപ്പൊ ഇപ്പൊ വ്യവഹാരത്തിനൊരു ഉപയോഗം അത്രേ ഉള്ളൂ പക്ഷെ നമുക്ക് ആസക്തിയുള്ള കാര്യം ആസക്തിയുള്ള വ്യക്തികൾ ആരോട് അറ്റാച്ച്മെന്റ് ഉണ്ടോ അവര് വീണ്ടും വീണ്ടും വീണ്ടും നമ്മളുടെ മനസ്സിൽ വരും അവരാണ് നമ്മളുടെ അധ്യാത്മ ജീവിതത്തിന് തടസ്സമായിട്ട് കുറുകെ നിൽക്കാം അവരല്ല നമ്മളുടെ അറ്റാച്ച്മെന്റ് അവരോടുള്ള ആസക്തി അത് മനസ്സിനെ ചപലമാക്കും അപ്പൊ ശ്രദ്ധിച്ചു എന്ന് വീക്ഷിച്ചിട്ട് വരാൻ പറഞ്ഞു കുറച്ചു ദിവസം അദ്ദേഹം ശ്രദ്ധിച്ചു എന്നിട്ട് ഗുരു ചോദിച്ചു എന്താ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു പറയാനൊരു മടി എന്താ പറയൂ എന്താ വരണത് മനസ്സിൽ എന്താ വീണ്ടും വീണ്ടും വരുന്നത് ഒരു എരുമ ഒരു എരുമയാണപ്പോ മനസ്സിൽ വീണ്ടും വീണ്ടും വരണത് ഗുരുവിനോട് പറയാൻ എന്താ ഒരു എരുമയോട് പോയിട്ട് ഒരു അറ്റാച്ച്മെന്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നു ഭാര്യ മരിച്ചു കുട്ടികളൊക്കെ അദ്ദേഹത്തിന് ഉപേക്ഷിച്ച് എവിടെയോ പോയി പിന്നീട് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നത് ഒരു എരുമയാണ് ആ എരുമയെ വളരെ പ്രിയത്തോടു കൂടെ വളർത്തി പിന്നീട് ഒരു ഘട്ടത്തിൽ ആ എരുമയെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത് ഇപ്പൊ എന്തായി ആ എരുമയോടുള്ള അറ്റാച്ച്മെന്റ് ആ എരുമ എന്ത് ചെയ്യുന്നുവോ അതിനെ ആരെങ്കിലും ശരിക്ക് പരിപാലിക്കുന്നുണ്ടോ അതിന് വെള്ളം കൊടുക്കുവോ ആഹാരം കൊടുക്കുവോ ഇതേ ചിന്തയായത് കാരണം ആ എരുമ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ എരുമ എന്ന് പറഞ്ഞ ഉടനെ ചിരിച്ചു ഇതേ ഞാൻ പരമശിവൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ഇരിക്കുവായിരുന്നു അതെ എന്താ കാര്യം ആ പേര് നമുക്കൊരു വ്യത്യാസം രൂപം മനസ്സിൽ വരുന്ന എന്ന് പറഞ്ഞ ഉടനെ നമുക്കൊരു തുച്ഛമായ ജീവി ഒരു ക്ഷുദ്രമായ ജീവി എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ചിരിച്ചു നോക്കണം ഇതാണ് ആ പേരും രൂപവും ഉണ്ടാക്കുന്ന വ്യത്യാസം വികാരം ഇത് ഞാൻ പ്രേതം എന്ന് പറഞ്ഞാൽ ഒന്ന് പേടിക്കും എല്ലാത്തിലും വികാരങ്ങൾ മാറി മാറി വരും ഇതിനാണ് സമത്വം എന്ന് പറഞ്ഞത് വിദ്യാഭിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനിവ സ്വഭാഗേജ പണ്ഡിത സമദർശന ഇതിലൊക്കെ നമുക്ക് വികാരങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു ഓരോന്നിനെ പറയുമ്പോ ഓരോ വികാരം ഉണ്ടാവുള്ള അപ്പൊ ഈ ഗുരു വളരെ സന്തോഷിച്ചു അദ്ദേഹം ചിരിച്ചില്ലേ അത്രേ മനസ്സിൽ എരുമ വരുന്നു എന്ന് പറഞ്ഞപ്പോ ഗുരു ചിരിച്ചില്ലേ അദ്ദേഹം സന്തോഷിച്ചു ഗുരു പറഞ്ഞു ശരി ഇനി ഒരു കാര്യം ചെയ്തു എരുമയും ബ്രഹ്മം തന്നെ പരമാത്മാവ് തന്നെ ഇവിടെ എരുമയ്ക്ക് വേറെ ഒരു ആത്മാ സന്യാസിക്ക് വേറെ ഒരു ആത്മാ ബ്രാഹ്മണന് വേറെ ഒരു ആത്മാ ഒന്നുമില്ല എല്ലാവരുടെയും അന്തർഹൃദയത്തിൽ ഒരേ വാസുദേവൻ തന്നെയാണ് പ്രകാശിക്കുന്നത് അതിപ്പോ എരുമ എന്ന് ധരിക്കുന്നത് കുഴപ്പം തിരുവണ്ണാമലയിൽ രമണ മഹർഷിയുടെ കാലത്ത് തന്നെ ശേഷാദ്രിസ്വാമികൾ എന്നൊരു മഹാത്മാവ് ഉണ്ടായിട്ട് കഥയും ഇതുപോലെ ഒരു എരുമകഥ വരും ഒരു നാരായണ സ്വാമി എന്ന് പറയണ ഒരാള് ഇടയ്ക്കിടയ്ക്ക് പോയി ശേഷാദ്രിസ്വാമിയുടെ അടുത്ത് പോയി സ്വാമി എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യണം എന്ന് പറയും ശേഷാദ്ര സ്വാമികൾ ഒന്നും ഉപദേശിക്കില്ല അദ്ദേഹം ഇങ്ങനെ ഓടി നടക്കും സിദ്ധനായിരുന്നു അദ്ദേഹത്തിനെ പിടികിട്ടുകയില്ല അപ്പൊ ഒരു ദിവസം സ്വാമികൾ ഒരു എരുമയെ അലങ്കാരം ചെയ്തുകൊണ്ടിരിക്കുക എന്നുവെച്ചാൽ ഏതോ ഒരു വലിയ പടക്കാരൻ ഒരു ഷാള് കൊടുത്തു സ്വാമിക്ക് സ്വാമികൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഉടനെ അവരുടെ മനസ്സിലുള്ളിലൊരു പൊക്കെ അദ്ദേഹം മനസ്സിലാക്കും ഈ കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ ശേഷാദ്രസ്വാമി ഈ ഷാൾ ഇട്ട് നടക്കണം നാട്ടിലുള്ളവരൊക്കെ കാണണം ഞാൻ കൊടുത്തു എന്നറിയണം അതിനാണേ അപ്പൊ സ്വാമികൾ ആ ഷാൾ ഭംഗിയായിട്ട് കത്തിരിച്ചെടുത്തിട്ട് ഓരോ തുണ്ടാക്കിയെടുത്തു ഒന്ന് മാലയായിട്ട് കെട്ടി എരുമയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു ഒരു കഷ്ണം മുറിച്ചിട്ട് വാലിൽ കെട്ടിക്കൊടുത്തു കൊമ്പിൽ കെട്ടിക്കൊടുത്തു എന്താ സ്വാമി ചെയ്യണതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നടക്കുമ്പോ നാട്ടുകാരൊക്കെ കണ്ടിട്ട് അയാളുടെ ഷാളാണ് അയാളുടെ ഷോളാണെന്ന് പറയാം അതിനു വേണ്ടിയിട്ട് അപ്പോ ഈ എരുമയെ സ്വാമി അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ആള് വന്നു ഈ ബ്രഹ്മോപദേശം ചോദിച്ച ആൾ അപ്പൊ അയാളോട് സ്വാമികൾ ചോദിച്ചു ഏ ഇത് എന്നാ തരിയമാ ഇത് എന്താ അറിയോ എരുമെ സ്വാമി എരുമയാണെന്ന് വീണ്ടും ചോദിച്ചു ഇത് എന്നാ തരിയമാ എമെ മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു ഇത് എന്താ എരുമ ഉടനെ സ്വാമികൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിട്ട് എരുമെച്ചു അയാളെ എന്താണെന്ന് വെച്ചാൽ തന്റെ ഉള്ളിൽ എരുമയുള്ളത് കൊണ്ടാണ് ഇത് എരുമയായിട്ട് തോന്നണത് ഇത് ബ്രഹ്മം ഇത് പരമാത്മ വെറുതെ ഒരു വാക്കല്ല സ്വാനുഭവത്തിന്റെ വാക്കുകളാണ് അത് പരമാത്മാ എന്ന് കണ്ടാൽ പരമാത്മാ എരുമ എന്ന് വിചാരിച്ചുകൊണ്ട് ആ വികാരത്തോടുകൂടെ നോക്കിയാൽ അത് എരുമയ്ക്ക് ഇപ്പൊ എരുമയാണെന്ന് അറിയോ എരുമയെ എരുമയെന്ന് വിളിച്ചാൽ എന്താ ചോദിക്കോ എരുമയ്ക്ക് അതിന്റെ പേര് എരുമയാണെന്നും അറിയില്ല അതിന് എരുമ എന്ന ശരീരത്തിനോടുള്ള ഒരു അഭിമാനമൊന്നും അതിന് പ്രത്യേകിച്ചൊരു വികാരമൊന്നുമില്ല അതിന്റെ ഉള്ളിൽ ആ ഒരു ചൈതന്യാംശമുണ്ട് ഒരു പുറമേക്കൊരു രൂപവും നാമമുണ്ട് അത്രയേ ഉള്ളൂ എല്ലാറ്റിനും ഒരേ ഒരു അസ്തിത്വമേ ഉള്ളൂ ഭഗവത് സ്വരൂപമായ അസ്തിത്വം പക്ഷെ നമ്മള് നമ്മളുടെ ബുദ്ധിശക്തി കൊണ്ട് അറിവുകൊണ്ട് നോക്കണം അജ്ഞാനം എന്ന് വെച്ചാൽ അത് ഒരു തരത്തിലുള്ള ഒരു അറിവാണ് അജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ലായ്മയല്ല വേദാന്തപരമായി അജ്ഞാനത്തിന് വ്യാഖ്യാനം അറിയേണ്ടതിനെ അറിയുന്നുമില്ല മറ്റുള്ളതിനെയൊക്കെ അറിയുന്നതിനു പേരാണ് അജ്ഞാനം കയറിനെ കണ്ടിട്ടില്ലെങ്കിൽ അജ്ഞാനം പകുതിയായിട്ടുള്ളൂ കയറിനെ പാമ്പായിട്ട് കാണുമ്പോ അജ്ഞാനം മുഴുവനായി അപ്പോ ഉള്ളതിനെ കാണുന്നില്ല ഇല്ലാത്തതിനെ കാണുകയും ചെയ്യുന്നതിന് പേരാണ് അജ്ഞാനം അപ്പൊ എന്താ ഒന്നും അറിഞ്ഞ് അതുകൊണ്ടാണ് ലോകത്തില് അധികം പഠിപ്പും അറിവും ഇല്ലെങ്കിൽ അവർക്കും ദുഃഖമുണ്ട് പക്ഷെ അവരുടെയൊക്കെ ഒരു ലിമിറ്റേഷനും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പക്ഷെ പഠിച്ച് നല്ലവണ്ണം അറിഞ്ഞ ആളുകൾക്കുള്ള ദുഃഖമുണ്ടല്ലോ അത് ഭയങ്കരമാണ് എന്താ ഇവരുടെ അറിവും കൂടെ ഇവരെ ബുദ്ധിമുട്ടിക്കും വേണ്ടത് അറിയാതെ ഉള്ള അറിവ് പല കാര്യങ്ങളും ഇവർക്ക് സൈക്കോളജി പഠിച്ചു പല കാര്യങ്ങളും പഠിക്കും ഇടൊരച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു മകൻ വലിയ സൈക്കോളജിസ്റ്റാണ് അച്ഛനെ ഒന്നും നോക്കില്ല എന്താന്ന് വെച്ചാൽ അയാള് സൈക്കോളജി മനഃശാസ്ത്രമൊക്കെ പഠിച്ചത് കൊണ്ട് ഞാനിപ്പൊ നോക്കിട്ട് എന്ത് വേണം അവര് അച്ഛനും പുരുഷനും സ്ത്രീയും കൂടെ ജീവിച്ചു അവർക്കൊരു പുത്രൻ ഉണ്ടായി അതിലിപ്പോ ഒരു കടപ്പാടൊക്കെ വേണം എന്നൊക്കെ ഉണ്ടോ അപ്പൊ ഞാൻ അച്ഛനെയൊക്കെ നോക്കിയിട്ട് എന്ത് വേണമെന്ന് ഒന്നു പോയി അയാൾക്കൊരു മകൻ ജനിച്ചപ്പോ കാര്യം മാറി അപ്പോ എല്ലാത്തിലും ഉണ്ട് ഈ കാര്യങ്ങൾ ആവട്ടെ അപ്പോ ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചമാവുന്ന വൃക്ഷം എന്ന് ഇന്നലെ പറഞ്ഞുവല്ലോ ആ വൃക്ഷം മുകളിലേക്കും ചുവട്ടിലേക്കും ശാഖോപശാഖകളായി പടർന്നു പിടിച്ചിരിക്കും സത്വം രജസ് തമസ് എന്ന ഗുണങ്ങൾ കൊണ്ട് ഈ സംസാരം പുഷ്ടിപ്പെട്ടു വരുന്നു സത്വഗുണം കൊണ്ട് സ്നേഹബന്ധം സ്ഥാപിക്കും രജോ ഗുണം കൊണ്ട് ആഗ്രഹങ്ങളോടുകൂടിയുള്ള ബന്ധം സ്ഥാപിക്കും തമോഗുണം കൊണ്ട് വെറുപ്പോടുകൂടിയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കും ഇങ്ങനെ പുഷ്ടിപ്പെട്ടു വരുന്നു ഈ സംസാര വൃക്ഷം അഹങ്കാരം അതില് ഒരു വേരാണോ വേര് ബ്രഹ്മം എന്ന് പറഞ്ഞു കുറച്ചുകൂടെ ചുവട്ടിലേക്ക് പോണം നാരായവേരുണ്ടല്ലോ ഈ വൃക്ഷത്തിന്റെ നാരായവേര് അതിനെ ബ്രഹ്മം എന്ന് പറഞ്ഞു പക്ഷെ ഈ സംസാര വൃക്ഷത്തിന് വേറൊരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ അതിന് വേരഹങ്കാരമാണ് അഹങ്കാരമാണ് അതിന്റെ റൂട്ട് ആ വേര് പറ കളി ഈ വൃക്ഷം ഉളയ്ക്കാതിരിക്കും രാമകൃഷ്ണദേവം പറയുന്നു അഹങ്കാരം ജംഭീരതരു പോലെയാണ് ജംഭീരതരോർ ഇവ അമ്പു വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നതോർ ഇത് ബലപ്പെടും എത്ര പറിച്ചു കളഞ്ഞാലും വീണ്ടും വീണ്ടും വീണ്ടും അഹങ്കാരം തലമൊക്കും അപ്പൊ എന്ത് വേണം ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് അത് എടുത്തു കളയാം ഇവിടെ ഭഗവാൻ പറഞ്ഞു ജ്ഞാനമാകുന്ന കോടാലി കൊണ്ട് അത് വെട്ടിമാറ്റാം എന്ന് അസംഘശസ്ത്രേണ ദൃഢേന ചിത്വം വൈരാഗ്യമാവുന്ന ശസ്ത്രം കൊണ്ട് അതിനെ വേരോടുകൂടെ മുറിച്ചു കളയാം അസംഘശസ്ത്രേണ ദൃഢേന ചിത്വ വൈരാഗ്യം കൊണ്ട് സംസാരത്തിൽ ഉള്ള പറ്റ് ആസക്തി അങ്ങട് ഉപേക്ഷിച്ചു പിന്നെന്ത് ചെയ്യും ഛേദിച്ചു ഛേദിച്ചിട്ട് പിന്നെ എന്തു ചെയ്യും അടുത്ത എന്താ ലോകത്തിനെ അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ മാത്രമായിയോ എല്ലാം ഉപേക്ഷിച്ചു എല്ലാത്തിനോടുള്ള പറ്റൊക്കെ വിട്ടു ഇനിയിപ്പൊ എന്ത് ചെയ്യും തഥ പദം തത്പരിമാർഗിതൃം യസ് സംസാരമാകുന്ന വൃക്ഷത്തിനെ മാറ്റിവെച്ചു അത് വേരോട് മുറിച്ചു കളഞ്ഞു എന്ന് വെച്ചാലോ ആസക്തി ഉപേക്ഷിച്ചു എന്നർത്ഥം എല്ലാത്തിനോടുള്ള പറ്റ് അറ്റാച്ച്മെന്റ് കിട്ടും വള്ളം വെള്ളത്തിൽ കിടക്കാം വെള്ളം വള്ളത്തിൽ കയറരുത് വെള്ളം വള്ളത്തിൽ കയറിയാൽ വള്ളം പൊങ്ങും നമുക്ക് സംസാരത്തിൽ ലോകത്തിൽ ജീവിക്കണം എല്ലാവരും ലോകത്തിൽ തന്നെ ജീവിക്കണം പക്ഷെ ലോകം നമ്മളുടെ ഉള്ളിലേക്ക് കയറി കൂടിയാൽ കുഴപ്പമായി മനസ്സിൽ കയറി കൂടിയാൽ കുഴപ്പമായി അപ്പോ ആസക്തി ഇല്ലാതെ ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഉപേക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് അതിന്റെ നാമരൂപത്തിനൊന്നും തന്നെ പ്രാമുഖ്യം കൊടുക്കാതെ സർവം ഈശ്വരമയം ഭഗവത് സ്വരൂപം ഇത് ഉത്തമമായ ഉപേക്ഷയാണ് വൈരാഗ്യം കൊണ്ടുള്ള ഉപേക്ഷ മധ്യമം വെറുപ്പ് കൊണ്ടുള്ള ഉപേക്ഷ അധമം വൈരാഗ്യം കൊണ്ട് ഉപേക്ഷിക്കലാണ് ഭഗവാൻ ഇവിടെ അസംഘശസ്ത്രം എന്ന് പറഞ്ഞത് ആദ്യം ഇവിടെ ഒന്നും ശാശ്വതമല്ല ഒക്കെ അനിത്യമാണ് കാണുന്നു വിവേക ഉദിക്കുമ്പോ എല്ലാം നമ്മളെ പറ്റിക്കുന്നതായിട്ട് കാണും യാജ്ഞവൽക്യൻ പറഞ്ഞു തന്റെ ഭാര്യയാണ് മൈത്രിയി മൈത്രേയിക്ക് തത്വോപദേശം ചെയ്യാണ് യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹം പറഞ്ഞു മൈത്രേയി ആത്മാവിൽ നിന്ന് അന്യമായിട്ട് എന്തിനെ പ്രേമിച്ചാലും എന്തിനെ സ്നേഹിച്ചാൽ അതൊക്കെ തന്നെ തന്നെ അത്യന്തം ദുഃഖിപ്പിച്ച് എന്നെങ്കിലും ഒരു ദിവസം വിട്ടുപോകും എന്നെങ്കിലും ഒരു ദിവസം വിട്ടുപോകും ഇതറിയുമ്പോൾ എന്താവും നമുക്ക് തന്നെ അറിയാം ഈ ഒരു സത്യം നമുക്കറിയാം ലോകത്തിൽ നമ്മൾ എന്തിനെയൊക്കെ കയറി പിടിച്ചിരിക്കുന്നു അതൊക്കെ എന്നെങ്കിലും ഒരു ദിവസം നമ്മളെ ഉപേക്ഷിച്ചു പോകും നമ്മൾ അതിനെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ അതുപേക്ഷിക്കും ഈ പാരമാർത്ഥം അറിയുമ്പോൾ എന്താവും അത്യന്ത വൈരാഗ്യം ഉണ്ടാവും ഉള്ളിൽ സകല വസ്തുക്കളോടും വൈരാഗ്യം ഇപ്പൊ നമുക്ക് അതിനുള്ള സ്റ്റേജ് ആയിട്ടുണ്ടാവില്ല ഒരുപക്ഷെ പക്ഷെ കേൾക്കുമ്പോ ഈ ബുദ്ധിയിൽ കയറ്റിവെക്കും സമയം വരുമ്പോ ഉപയോഗപ്പെടും പരീക്ഷിത്തും നമ്മളെ പോലെ ധാരാളം പ്രഭാഷണവും ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഉപയോഗം എപ്പോഴാ പ്രയോജനപ്പെട്ടതെന്ന് വെച്ചാൽ ഏഴാമത്തെ ദിവസം തക്ഷകൻ കഴിക്കുമെന്ന് കേട്ടപ്പോ പരീക്ഷിത് പറയുന്നു അതോ വിഹായേമുച്ച ലോകം വിമർശിതൗ കൃഷ്ണാംഗ്രി സേവാം അനുമന്യമാനഹ പരീക്ഷിച്ച് പറയുന്നു അതോ വിഹായ ഇമം അമുംച്ചോകം ഈ ലോകവും പരലോകവും ഏർ പിതൃലോകം മുതലായിട്ടുള്ള ലോകങ്ങളും ഒക്കെ തന്നെ അനിത്യമാണ് ഒന്നും ശാശ്വതസുഖം തരില്ല എന്ന് പണ്ടേ വിമർശനം ചെയ്ത് വെച്ചതാ പക്ഷെ അപ്പോഴൊന്നും ഉപയോഗപ്പെട്ടില്ല ഇപ്പൊ ഇതാ ഏഴാമത്തെ ദിവസം മരണം എന്ന് കേട്ടതുകൊണ്ട് ഇതൊന്നും പരീക്ഷിക്കാനായിട്ട് എനിക്കിതാ ഭഗവാൻ ഒരു അവസരം തന്നിരിക്കുന്നു ഇപ്പൊ ഭയമില്ല എന്താ മുൻകൂട്ടി സത്സംഗത്തിൽ പ്രവേശിച്ച് ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിയിൽ അങ്ങടെ വെച്ചു നിറച്ചു വെച്ചു ഒരു സന്ദർഭത്തിൽ ഇത് അശാശ്വതമാണെന്ന് കണ്ടപ്പോ എന്തായി ഒക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചു ചിലർക്കെങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുള്ളൂ വലിയ പണക്കാരനായ ഒരു സിദ്ധനുണ്ടായിരുന്നു അദ്ദേഹം സിദ്ധനായത് പിന്നീട് വലിയ പണക്കാരൻ തിരുവങ്കാട് ചട്ടിയാർ എന്ന് പേര് ശ്വേതാരണ്യൻ എന്നാണ് അദ്ദേഹമാണ് പിന്നീട് പട്ടണത്ത് സ്വാമികളായി മാറിയത് ഈ തിരുവങ്കാടൻ വലിയ പണക്കാരൻ വെച്ച കോടീശ്വരൻ മുത്തു വ്യാപാരമാണ് അദ്ദേഹത്തിന് മുത്തു കൊണ്ടുപോയി പല സ്ഥലങ്ങളിലും വിൽക്കുക അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് സ്വപ്നത്തില് ഭഗവാന്റെ ദർശനം ഉണ്ടായി ഭഗവാൻ പറഞ്ഞു ഒരു ഞാൻ ഇന്ന വീട്ടിലൊരു കുട്ടിയായിട്ട് ജനിച്ചിട്ടുണ്ട് അത്ര വ്യക്തമായിട്ടല്ല ഈശ്വരാംശത്തോടു കൂടി ഒരു കുട്ടി ആ കുട്ടി തനിക്ക് വാങ്ങിച്ചോണ്ട് വരിക അവര് വളരെ ദരിദ്രന്മാരാണ് ബ്രാഹ്മണരാണ് അവർക്ക് ധനം കൊടുത്ത് ആ കുട്ടിയെ അവര് തനിക്ക് തരും കൊണ്ടുവരുമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു കുട്ടിയെ വളർത്തി ആ കുട്ടിക്ക് പതിനാറ് വയസ്സായപ്പോ കുട്ടി വ്യാപാരത്തിന് പോയി കുട്ടി വ്യാപാരത്തിന് പോയി കുട്ടി മുത്തൊക്കെ വിറ്റിട്ട് ചാണക വരട്ടി വാങ്ങിച്ചുകൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് വരുമ്പോ തിരുവങ്ങാട് ചെട്ടിയാരുടെ അടുത്തേക്ക് വരുമ്പോ മറ്റ് വ്യാപാരികളൊക്കെ വന്ന് പറഞ്ഞു നിങ്ങളുടെ മകന് ഭ്രാന്ത് പിടിച്ചു എന്ന് തോന്നണം മുത്ത് വിറ്റിട്ട് ചാണകവരട്ടിയും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കണമെന്നും ദേഷ്യം വന്നു അദ്ദേഹത്തിന് അദ്ദേഹം എന്ത് ചെയ്തു ആ ചാണകവരട്ടി വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞപ്പോ ചാണകവരട്ടിയുടെ ഉള്ളിലെ നല്ല മരകഥം രത്നങ്ങൾ ധാരാളം ഇതിനെന്താ പറയാന്ന് വെച്ചാൽ സന്തോഷം കൊടു ആദ്യം ദേഷ്യപ്പെടുത്തി പിന്നെ സന്തോഷം കൊടുത്തു ഈ മരകഥ കിട്ടിയതായി അപ്പൊ മകൻ എവിടെ പോയി മകനെ അന്വേഷിച്ചോണ്ട് പോയി ഭാര്യയുടെ എളുത്തി ചെന്ന് ചോദിച്ചു മകനെവിടെ ആ ചോദിച്ചു എന്റെ കയ്യിൽ പെട്ടി തന്നെ എവിടെയോ പോയി തോന്നു ആ പെട്ടി തുറന്നു നോക്കുമ്പോ അതില് ദ്വാരം പൊട്ടിയ ഒരു സൂചി നൂല് കൊറക്കേണ്ട ഭാഗം പൊട്ടിയ ഒരു സൂചിയും ഒരു ഓലയിലെ എഴുത്തും ഒരു പാട്ട് കാതറ്റ ഊശിയും വാരാത് കാൺ കടൈവഴിക്കേ എന്നാണ് എനക്ക് ഇപ്പൊ കിട്ടിയ രത്ന ഒക്കെ ഉണ്ടല്ലോ ഈ രത്നം ഒന്നും തന്നെ അവസാന കാലത്ത് തന്റെ കൂടെ ഒരു പ്രയോജനവും ഇല്ല അതായത് ഈ പൊട്ടിയ സൂചിയുണ്ടല്ലോ ഈ സൂചി പോലും തനിക്ക് കൊണ്ടുപോവാൻ പറ്റില്ല കാതറ്റ ഊശിയും വാരാത് കാൺ കടവഴിക്കേ ഈ സൂചി പോലും തനിക്ക് കൊണ്ടുപോവാൻ സാധ്യമല്ല രത്നത്തിന്റെ ഉള്ളിൽ ചാണകവരട്ടിയുടെ ഉള്ളിൽ രത്നം വെച്ചുവല്ലോ അതുപോലെ ഈ ശരീരം ഒരു ചാണകവരട്ടി ശരീരം ഒരു ചാണകവരട്ടി ചാണകം തന്നെയാ ഉള്ളത് അല്ല മലമൂത്ര ഭാണ്ഡം പക്ഷെ അതിനകത്തൊരു രത്നമുണ്ട് ഗോപാലരത്നം ഭുവനൈകരത്നം പരമാത്മാവാകുന്ന രത്നം ആത്മസ്വരൂപമാകുന്ന രത്നം അതിനകത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ആ രത്നത്തിനെ എടുക്കണം ഈ ചാണകവരട്ടിയെ നോക്കിക്കൊണ്ടിരുന്നാ പോരാ അതിനാണ് ഈ ഒരു ഉദാഹരണം അപ്പൊ ഈ ഒരു പാട്ട് എഴുതി വെച്ച് കുട്ടി പോയി അദ്ദേഹത്തിന് ഉള്ളിലെ അനു സാക്ഷാത്കാരം ഉണ്ടായി ആ ക്ഷണം തന്നെ അദ്ദേഹത്തിന് വൈരാഗ്യം ഉണ്ടായി സാക്ഷാത് സർവേശ്വരൻ തന്നെ ബോധിപ്പിക്കാനായിട്ട് ഈ കുട്ടിയുടെ രൂപത്തിൽ വന്നതാണ് എന്ന ഒരു ബോധമുണ്ടായി കോടിക്കണക്കിന് സ്വത്ത് ഒരു ദിവസം കൊണ്ട് അത് മുഴുവൻ ഉപേക്ഷിച്ച് തെരുവിലിറങ്ങി അദ്ദേഹത്തിന്റെ മാനേജർ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന മാനേജർ അദ്ദേഹത്തിനോട് വന്ന് ചോദിച്ചു സ്വാമി ഈ സ്വത്തൊക്കെ ആർക്ക് കൊടുക്കണം ആരുടെ പേരിൽ എഴുതി വെക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒപ്പിട്ടിട്ട് പോകൂന്ന തന്റേതല്ല എന്ന് കരുതിയത് പിന്നെ താനാരും ഒപ്പിടാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു മാനേജർ എടുത്ത് തെരുവിൽ എറിയൂന്നു വേണ്ടവര് പെറുക്കി കൊണ്ടുപോകട്ടെ അത്ര വൈരാഗ്യം അത്രയും ഉപേക്ഷിച്ച ആള് അവിടെ ഏകാന്തത്തിൽ ഒരു പൊളിഞ്ഞ അമ്പലത്തിൽ ചെന്നിരുന്നു അദ്ദേഹം രാജാവിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് രാജാവിന് പിറന്നാള് ദിവസം സ്പെഷ്യൽ ആയിട്ടുള്ള മുത്ത് കൊണ്ടു കൊടുക്കുക രാജാവിനെ ഒക്കെ മണിയടിക്കണമല്ലോ ഇൻകം ടാക്സ് അല്ലേ അപ്പൊ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടു ആളാണ് രാജാവ് ഇദ്ദേഹത്തിനെ കണ്ടില്ലാന്ന് പറഞ്ഞപ്പോ അന്വേഷിച്ചു വന്നു അപ്പൊ ആട്ടുകാർ പറഞ്ഞു തിരുവങ്ങാട് ചെട്ടി ആർക്ക് ഭ്രാന്തി പിടിച്ചു എല്ലാം ഉപേക്ഷിച്ച് കോണകൊടുത്ത് പൊളിഞ്ഞ അമ്പലത്തിൽ ഇരിക്കണണ്ട് രാജാവ് അന്വേഷിച്ചു വന്നു രാജാവിനെ കണ്ടാൽ ഓച്ചാനിച്ചു നിക്കണ ആളാണേ ശ്രദ്ധിച്ചതേ കാൽമേൽ കാലിട്ട് സൗഖ്യമായിട്ട് അങ്ങനെ ഇരുന്നു രാജാവിന് അദ്ദേഹത്തിനെ കണ്ടപ്പോ തന്നെ മഹാനാണെന്ന് മനസ്സിലായി മുമ്പ് ചെന്ന് തൊഴുത് നിന്നുകൊണ്ട് ചോദിച്ചു ഇത്രയധികം സ്വത്ത് മണിമാളിക ഇത്രയധികം ധനം ഇതൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ കോണൊക്കെ കൊടുത്ത് ഇവിടെ വന്ന് ഇരുന്നിട്ട് അങ്ങക്ക് കിട്ടി എന്ന് ചോദിച്ചു രാജാവ് അദ്ദേഹം പറഞ്ഞു നീ നിക്ക് നാൻ ഇരുക്ക് ഇതിനു മുമ്പ് താൻ ഗംഭീരമായിട്ട് സിംഹാസനത്തിലിരിക്കും ഞാൻ വന്ന് ഓച്ചാനിച്ച് പിടിച്ച് ഓരോ സമയം നോക്കി ഇപ്പൊ വരേണ്ട നാളെ വരുമോ പറയും മറ്റന്നാള് വരുമെന്ന് പറയും അപ്പോ അനുമതി ചോദിച്ച് കാണിക്ക സമർപ്പിച്ച് മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കും ഇപ്പൊ ഭാവം മാറിയത് കണ്ടില്ലേ ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ എപ്പോ ആഗ്രഹം പോയോ ആഗ്രഹമില്ലാത്തവൻ ചക്രവർത്തി നസുഖം ഇന്ദ്രശ്യാഹു ന സുഖം ചക്രവർത്തിന സുഖമസ് അസ്ഥി വിദഗ്ധ മുനേഹേ ഏകാന്തജീവിന എല്ലാം വിട്ട് കഴിഞ്ഞപ്പോ എന്തായി താൻ ചക്രവർത്തിയായി രാജാവ് മുമ്പിൽ അവചാനിച്ചു നിക്കണം പൊസിഷൻ മാറി അപ്പോ വൈരാഗ്യം അസംഘശസ്ത്രം ഇതാണ് ഒരു ക്ഷണം കൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്നത് നോക്കണം അദ്ദേഹത്തിനെ പോലെ പുറമേക്ക് എല്ലാവരും ഉപേക്ഷിക്കണം എന്നില്ല അങ്ങനെ ഉപേക്ഷിക്കുന്നവരുണ്ടാവും ജനകനെ പോലെ ഉപേക്ഷിക്കുന്നവരും ഉണ്ടാവും എല്ലാം ഉപേക്ഷിച്ചിട്ട് ജനകൻ ചക്രവർത്തിയായിട്ട് ഇരുന്നു എന്താ ജനകന്റെ ലക്ഷണം എന്താ എല്ലാറ്റിന്റെ നടുവിലിരിക്കുമ്പോഴും ജനകൻ പറയുന്നു എനിക്ക് ഒന്നിനോടും പറ്റില്ല ഈ മിഥിലാനഗരി മുഴുവൻ കത്തിപ്പോയാലും എന്റെ ഒന്നും നശിക്കുന്നില്ല എന്ന് എന്നാൽ ഒരു ഭംഗിയായിട്ട് വ്യവഹാരം ചെയ്യുകയും ചെയ്തു ഇങ്ങനെ രണ്ടു തരത്തിലും മഹാത്മാക്കൾ ഉണ്ടാവും രണ്ടു തരത്തിലും ഉണ്ടാവും വ്യവഹാരം ആസക്തി ഇല്ല രാമകൃഷ്ണദേവൻ പറയുന്നത് കയ്യിൽ എണ്ണ തേച്ചിട്ട് ചക്ക മുളക്കി ചക്ക ആഞ്ഞിടക്കണ പോലെ എണ്ണ തേയ്ക്കാതെ ചക്കം മുറിച്ചാൽ കയ്യിലൊക്കെ മുളഞ്ഞി ഓട്ടിപ്പിടിക്കും എണ്ണ തേച്ചിട്ടാണ് എടുക്കണതെങ്കിലോ ഒട്ടിപ്പിടിക്കില്ലേ അതുപോലെ ജ്ഞാനമാവുന്ന എണ്ണ പുരട്ടിയ ശേഷം വ്യവഹാര പ്രവർത്തിച്ചാൽ ഒന്നും തന്നെ മേലെ പറ്റ ഇല്ലാതെ നിൽക്കാൻ സാധിക്കും സർവസംഘ എന്ന് പറയണത് ലോകത്തിനെ ബോധിപ്പിക്കാനല്ല ഉള്ളിൽ വൈരാഗ്യം ഇത് ഈ പട്ടണത്ത് സ്വാമികളുടെ കഥയിൽ തന്നെ വരും ലോകത്തിനെ ബോധിപ്പിക്കാനാണെങ്കിൽ ഒരിക്കലും സാധ്യമല്ല അദ്ദേഹം ഒരിടത്ത് കിടക്ക് അപ്പൊ രണ്ട് സ്ത്രീകൾ പോണു അതിലൊരു സ്ത്രീ മറ്റേ സ്ത്രീയോട് പറഞ്ഞു പട്ടണത്ത് സ്വാമികളെ കണ്ടില്ലേ എല്ലാം ഉപേക്ഷിച്ചു അപ്പൊ മറ്റേ സ്ത്രീ പറഞ്ഞു എന്ത് ഉപേക്ഷിച്ചു ഇപ്പോഴും കണ്ടില്ലേ അതാ ഒരു വരമ്പിലൊരു പലകെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കിടക്കണു എല്ലാ ഉപേക്ഷിച്ചാലും തലയ്ക്ക് ഒരു സപ്പോർട്ട് വേണമെന്നുള്ളത് ഇനിയും പോയിട്ടില്ല ഒരു സ്ത്രീ ഇത് കേട്ടോടനെ അദ്ദേഹം രാജരാജേശ്വരി ഉപദേശിക്കണം എന്ന് പറഞ്ഞ് തൊഴുതാ പലക മാറ്റി വെച്ച് കിടന്നു തിരിച്ചു വരിക ആ രണ്ട് സ്ത്രീകളും അപ്പൊ മറ്റേ സ്ത്രീ പറഞ്ഞു കണ്ടില്ലേ ഇപ്പൊ ആ പലകയും ഉപേക്ഷിച്ചിരിക്കണു ഏയ് ഇപ്പോഴും തന്നെ നാട്ടുകാര് എന്തു പറയണെന്ന് ജവി ഓർത്ത് കേട്ടോണ്ടിരിക്കഗ്യം എന്നുള്ളത് വളരെ സൂക്ഷ്മമാണ് വൈരാഗ്യം വളരെ സൂക്ഷ്മമാണ് വൈരാഗ്യം ഉള്ളില് നിർ ഒന്നിനോടും പറ്റില്ല ലോകം നമ്മളെ നല്ലതു പറയണം എന്നുള്ള ആസക്തിയും ലോകത്തിൽ താൻ വൈരാഗ്യശാലിയാണെന്ന് ബോധിപ്പിക്കണമെന്നുമില്ല പുറമേക്ക് പരമലൗകികനായിട്ട് ഇരുന്നു കൊണ്ട് അകമേക്ക് ആസക്തി ഇല്ലാതെ ഇരിക്കുന്ന മഹാത്മാക്കളുണ്ട് അപ്പോ നമ്മൾ വേണം നിശ്ചയിക്കാൻ നമുക്ക് ആസക്തി ഉണ്ടോ ഇല്ലയോന്ന് മറ്റുള്ളവരല്ല നമുക്ക് സർട്ടിഫിക്കറ്റ് തരാം മറ്റുള്ളവർ സർട്ടിഫിക്കറ്റ് തരാനല്ല നമ്മളുടെ ഉള്ളിൽ അസംഘശസ്ത്രം ഉദിക്കണം ഒന്നിനോടും പറ്റില്ല അത് ഏതൊക്കെ നമ്മൾ ദുഃഖിപ്പിക്കുമോ അതിനെയൊക്കെ ഉപേക്ഷിക്കുക അതാണ് അസംഘശസ്ത്രേണ ദൃഢേന ചിത്വ അങ്ങനെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യും തഥ പദം തത് പരിമാർഗിതവ്യം പരിമാർഗണം ചെയ്യൂ അന്വേഷിക്കൂന്ന് എന്തിനേയും പരിമാർഗണം ചെയ്യണം തത് ഒരു പദത്തിനെ അന്വേഷിക്കണം ഏതു പദം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയ ഏതൊരു പദത്തിനെ നേടിയാലാണോ പിന്നീട് തിരിച്ചു വരാത്തത് ആ പദത്തിനെ അന്വേഷിക്കൂ ഈ പോക്കും വരവും ഇല്ലാത്ത സ്ഥിതിയെ അന്വേഷിച്ച് കണ്ടെത്തും ചലനമില്ലാത്ത സ്ഥിതിയെ സത്യത്തിന്റെ ലക്ഷണമാണ് നിത്യ സർവഗത സ്ഥാണുഹു അചലോയം സനാതന സത്യത്തിന്റെ ലക്ഷണം എന്താണ് അത് ചലിക്കില്ല അതിൽ പോക്കു വരവില്ല അതിൽ വികാരസ്പർശമില്ല നിത്യനിരന്തരമായ ശാന്തിയെ അതിന്റെ സ്വരൂപമാണ് അതാണ് അതിൽ പ്രവേശിച്ചാൽ തിരിച്ചു വരില്ല തിരിച്ചു വരില്ല എന്ന് വെച്ചാലോ മരിച്ചുപോകും എന്ന അർത്ഥമല്ല അവർക്ക് ചലനം ഉള്ളിലില്ല ഇനി അവരുടെ യോഗാവസ്ഥ അവർക്ക് നഷ്ടമാവില്ല അവർക്ക് നിത്യനിരന്തര യോഗമാണ് അതിനാണ് ന നിവർത്തന്തി ഭൂയഹ ജീവൻമുക്തി സ്ഥിതി ആ സാക്ഷാത്കാരം നേടിയാൽ പിന്നീട് നഷ്ടപ്പെടില്ല ഭാഗവതത്തിൽ ഇതിന് സഹൃദ്വിഭാതം എന്ന് പറയുന്നു ഒരേ ഒരു ആവശ്യം സൂര്യൻ ഉദിച്ച ഒദിച്ചത് തന്നെ പിന്നെ അസ്തമിക്കില്ല സത്യം ഉള്ളിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാവുകയേ ഇല്ല അങ്ങനെയുള്ള സത്യസ്ഥിതിയെ പരിമോർജിതം യസ്മിൻ ഗതാന നിവർത്ത ആ പദം എവിടെയാളത് ആ പദത്തിനെ എവിടെ അന്വേഷിക്കും ആ പദം എങ്ങനെ കണ്ടെത്താം അതിന് ഭഗവാൻ തന്നെ നമുക്കൊരു പ്രാർത്ഥനയെ തോന്നും തമേവച്ച ആദ്യം പുരുഷം പ്രപദ്ധ്യേ യഥാ പ്രവൃത്തി പ്രസൃത പുരാണി ആ ആദിപുരുഷനെ തന്നെ ഞാൻ പ്രപത്തി ചെയ്യുന്നു ശരണാഗതി ചെയ്യുന്നു ആദ്യം പുരുഷ പ്രപത്തി ആദിപുരുഷന് ശരണാഗതി ആദിപുരുഷൻ എവിടെയാ ഉള്ളത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ ഗീതയിൽ ഇനിമേൽ അത് പറയാൻ പോകും ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ടത്തി എന്ന് പറഞ്ഞിട്ട് തമേവ ശരണം സർവഭാവേന ഭാരത ഏറ്റവും മനോഹരമായ ഒരു ഘട്ടമാണത് ഈശ്വരന്റെ സ്ഥാനവും കാണിച്ചു അവിടെ ശരണാഗതി ചെയ്യുന്നു അവിടെ എങ്ങനെ ശരണാഗതി ചെയ്യും എന്നുള്ളതാണ് കാര്യം അത് വരട്ടെ അപ്പോ തമേവച്ച ആദ്യം പുരുഷം പരമപുരുഷനായ ഭഗവാന് ശരണാഗതി ചെയ്യൂ ശരണാഗതി എന്ന് വെച്ചാൽ എന്താ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയൂ നോക്കട്ടെ ശരണാഗതി നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്ക എന്തു ചെയ്യും ശരണാഗതി ശരണാഗതി എങ്ങനെ സംഭവിക്കും അഹങ്കാരത്തിന്റെ അല്പചലനം പോലും ഇല്ലാത്ത സ്ഥിതിയാണ് ശരണാഗതി അഹങ്കാരത്തിന്റെ അല്പചലനം പോലും ഉണ്ടാവാൻ പാടില്ല അതെങ്ങനെ സാധിക്കും എങ്ങനെ അഹങ്കാരം അടങ്ങും അഹങ്കാരം അടങ്ങണം എന്ന് വിചാരിച്ചാൽ അടങ്ങുമോ എപ്പടങ്ങും അഹങ്കാരം അതിന്റെ മാക്സിമം പ്രയത്നം ചെയ്യണം പരിശ്രമിക്കും എന്നിട്ട് അത് സ്വയമേവ അതിന് ബോധ്യം വരും തന്നെ കൊണ്ട് സാധിക്കില്ല അപ്പൊ എന്താവും അത് സ്വയമേവ ഉള്ളിൽ ശമിക്കും എപ്പോഴും നോക്കിക്കോളൂ അഹങ്കാരം ഒരു ഉന്നത സന്നിധിയിൽ അടങ്ങിയിരിക്കും നമ്മൾ അമ്പലത്തിൽ വരുമ്പോ പൂർണ്ണത്രയേശന്റെ മുമ്പിൽ എത്തുമ്പോ അങ്ങനെ നിൽക്കില്ല അടങ്ങും പോകും മഹാത്മാക്കളുടെ മുമ്പിൽ വരുമ്പോ നമ്മളെ അറിയാതെ അടങ്ങിപ്പോകും അപ്പോ അതൊരു ഉന്നത സന്നിധിക്ക് മുമ്പിലേ ഈ അഹങ്കാരം അടങ്ങിയോളും എളുപ്പത്തില് സാധ്യമല്ല തന്നിഴുപ്പൈ എന്ന കത്ത് സാധിപ്പൻ തമിഴിലുള്ള ഒരു വലിയ വേദാന്ത ഗ്രന്ഥമാണ് ഒഴിവിലൊടുക്കും നമ്മുടെ നാരായണ ആശ്രയിച്ചിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു ആ ഒഴിവിലൊടുക്കത്തില് കണ്ണുടയ വള്ളലാണ് അദ്ദേഹം പറയുന്നത് എല്ലാം സാധിക്കാം സിദ്ധികൾ നേടാം ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാം വ്യാകരണവും ന്യായവും വേദാന്തവും വേദവും ഒക്കെ പഠിക്കാം എല്ലാം കഴിഞ്ഞാലും അവസാനം ഈ പഠിക്കണവനെ എങ്ങനെ ഇല്ലാതാക്കും അവൻ സ്വയം അവനെ എങ്ങനെ ഇല്ലാതാക്കും തന്നിഴപ്പ എന്ന കത്ത് സാധിപ്പെന്ന് എന്നിട്ട് അദ്ദേഹമേ ഉത്തരം പറയുന്നു കൃപാപൂർണ സ്വരൂപനായ സദ്ഗുരു ആ സദ്ഗുരുവിന്റെ സന്നിധിയിലെത്തുമ്പോൾ ആ കൃപാശക്തി ഈ അഹങ്കാരത്തിനെ എടുത്ത് വിഴുങ്ങിയാലല്ലാതെ ഇതില്ലാതാവില്ല ആ കൃപ എടുത്ത് വിഴുങ്ങണം സമുദ്രത്തിന്റെ അടുത്തേക്ക് നദി പോകുന്നു അതുവരെ ഒഴുകും അവിടെ എത്തുമ്പോ എന്താവും സമുദ്രം നദിയെ ഒഴു വിഴുങ്ങിക്കളയും സമുദ്രം നദിയെ വിഴുങ്ങിക്കളയും അതുപോലെ ഈ അഹങ്കാരത്തിനെ സദ്ഗുരുവിന്റെ കൃപ വിഴുങ്ങിക്കളയും അവിടെ നിശേഷം കർത്തൃത്വം ഭോക്തൃത്വം രാഗം ദ്വേഷം ഇതൊക്കെ അസ്തമിച്ചു പോകും അതിനാണ് തമേവച്ച ആദ്യം പുരുഷം പ്രപദ്ധ്യെ ആ പരമപുരുഷന് ശരണാഗതി ചെയ്യൂ അപ്പൊ ഞാൻ ഒന്നും ചെയ്യണു എന്നുള്ള ഭാവമേ ഒതുക്കില്ല ഇപ്പോഴും യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നും ചെയ്യണില്ല പക്ഷെ ചെയ്യണു എന്നുള്ള ഒരു അജ്ഞാനമുണ്ട് അത്രയേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഞാനിതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കയ്യീതാ ആവുന്നു ശ്രദ്ധിക്കുമ്പോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും കോൺഷ്യസ് മൂവ്മെന്റ്സ് അല്ല ഇതെങ്ങനെ നടക്കണു എന്ന് എനിക്കറിയില്ല ഈ വാക്കുകൾ എവിടെ നിന്ന് വരണു എന്ന് അറിയില്ല ഇതെങ്ങനെ എന്താ പറയാൻ പോണോ അടുത്തതിപ്പോ എന്താ പറയാൻ പോണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സല്ലേ നിങ്ങളുടെ വായല്ലേ പറയൂ എന്താ അടുത്തത് പറയാൻ പോണോ എനിക്കറിയില്ല അതാണ് ധ്രുവനം യോ അന്തപ്രവിശ്യ അത്രേ പറയാൻ ഒക്കെ കഴിച്ചു അത് വയറ്റിൽ എങ്ങനെ ഡൈജസ്റ്റ് ആയി എനിക്കറിയില്ല ഭഗവാൻ തന്നെ പറയുന്നു അഹം വൈശ്വാനരോ ഭൂത്വ വയറിൽ വൈശ്വാനരാനായിട്ട് ഇരിക്കണു ം എങ്ങനെ വരണോ എനിക്കറിയില്ല ഉറക്കം വരണു രാവിലെ എങ്ങനെ എഴുന്നേൽക്കണു വല്ല സ്വിച്ച് ഉണ്ടോ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും എഴുന്നേൽക്കണു അപ്പൊ ഇതൊന്നിലും അഹങ്കാരത്തിന്റെ പ്രവർത്തിയല്ല പക്ഷെ നമ്മൾ എന്തു പറയും ഞാൻ ഉറങ്ങി ഞാൻ ഉണ്ടുണരണം ഉറങ്ങണം പുണരേണം ഭുജിച്ചീടണം അശനം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം ഞാൻ ഉണ്ണണം ഞാൻ ഉണരണം ഞാൻ പുണരേണം ഭുചിച്ചിടണം എല്ലാത്തിലും ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യുന്നു ഈ ചെയ്യുന്ന ഞാൻ ആരാ ഈ ഞാൻ എവിടെ ഉദിക്കുന്നു അന്വേഷിച്ചു നോക്ക് അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അഹമഹം എന്ന് ഉള്ളിലിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഞാനുണ്ടു ഞാൻ ഉറങ്ങി ഞാൻ നടന്നു നമുക്കും പ്രഹ്ലാദനും നമുക്കും ഞാനുകൾക്കും ഇത്രയും വ്യത്യാസമുള്ളൂ എന്നാണ് ഭാഗവതം പറയുന്നു പ്രഹ്ലാദനവും ഒക്കെ ചെയ്തു ആസീന സംവിശന്ന് തിഷ്ട് ശയാന പ്രഭിപൻ ഭ്രുവൻ ഇതൊക്കെ ചെയ്യുമ്പോഴും ന അനുസന്ധത്തയേതാനി ഞാൻ ഞാൻ ഉറങ്ങി ഞാൻ നടന്നു ഞാൻ ചെയ്തു ഒന്നുമില്ല പിന്നെ എന്തായി ഗോവിന്ദ പരിരംഭിത ഗോവിന്ദ പരിരംഭണം ഗോവിന്ദനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു എന്നാണ് എന്നുവെച്ചാൽ ഗോവിന്ദൻ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചു എന്താ അതിനെ അർത്ഥം എന്ന് വെച്ചാൽ ഈ അഹങ്കാരം ഉദിക്കാത്ത സ്ഥലത്ത് ഗോവിന്ദ പരിരംഭണം ഏർപ്പെടുകൾ ഈ അഹങ്കാരം എവിടുന്ന് ഉദിക്കുന്നു എന്ന് നോക്കും അല്ലെങ്കിൽ ഗോവിന്ദ പരിരംഭണം ഏർപ്പെടുമ്പോ അഹങ്കാരം പോകും രണ്ടു ഒന്ന് തന്നെ ഒന്ന് ഇവിടുന്ന് പോകുന്നു ഒന്ന് അവിടുന്ന് വരുന്നു ഞാൻ എവിടുന്ന് ഉദിക്കുന്നു എന്ന് അന്വേഷിച്ച് ആഴത്തിൽ മുങ്ങിയാൽ അവിടെ നിന്നും ഒരു ശക്തി പൊന്തി ഇതിനെ വലിച്ചുകൊണ്ട് അഹമയം കുിൻ നിജ വിചാരണം ഹൃദ്ഹാരം എവിടെ നിന്ന് ഉദിക്കുന്നു എന്ന് ഉള്ളിൽ അന്വേഷിച്ചു കൊണ്ട് ആഴ്ന്നു മുങ്ങുമ്പോ അഹങ്കാരം ഉള്ളിലേക്ക് അങ്ങോട്ട് വീഴും എവിടെ നിന്ന് ഉദിച്ചുവോ അവിടേക്ക് ചെല്ലും അവിടെ പരമപൂർണസത് സ്ഫുരതി പരമപൂർണമായ സത്ത് സ്വയമേവ പ്രകാശിക്കുന്നു അവിടെ അഹംകൃതി ഇല്ല ഈ തത്വം നല്ലവണ്ണം തെളിഞ്ഞാൽ അഹംപൊരുളും തുടർന്നിടുന്നു അഹംപൊരു തുടർന്ന് നിൽക്കും എന്നുവെച്ചാൽ പിന്നീ അവിടെ ആളുണ്ട് ആള് അഹങ്കാരമല്ല പിന്നെ എന്താ അതിനകത്ത് സാക്ഷാത് സർവേശ്വരൻ തന്നെ സച്ചിദാനന്ദ വസ്തുവായി പ്രകാശിച്ചു കൊണ്ട് നിൽക്കണം അങ്ങനെയുള്ള ആള് വ്യവഹരിക്കുന്നു ഊണ് കഴിക്കുന്നു വർത്തമാനം പറയുന്നു എല്ലാം ചെയ്യുമ്പോഴും അത് നടമാടുന്ന അമ്പലമാണ് ചലിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ ശരീരം അതിനകത്ത് ഭഗവാനെയും കൊണ്ട് നടക്കുന്നു അത്രയുള്ളൂ ഭഗവാനെയും വഹിച്ചു നടക്കും എല്ലാം ചെയ്യുമ്പോഴും അതിലൊരു ഞാൻ ചെയ്യണു എന്ന വ്യക്തി അവിടെ ഉദിക്കുന്നില്ല ഇപ്പോഴും എല്ലാം ആ ശക്തി തന്നെ ചെയ്യുന്നു പക്ഷെ എവിടെയോ ഒരു അജ്ഞാനം ഈ അഹങ്കൃതിയെ ട്രെയിനില് നല്ല എ സി കമ്പാർട്ട്മെന്റ് ടു ടയർ എ സി ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഒരു സൂട്ട് കേസും കൊണ്ട് കയറി ഒരാള് ആദ്യമായിട്ട് കയറുകയാണ് ഇപ്പൊ ട്രെയിനില് നോക്കുമ്പോ എല്ലാരും പെട്ടിയോക്ക അവിടെ വെച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ട്രെയിനിനോട് കുറച്ച് കാരുണ്യം തോന്നി തന്റെ സൂട്ട് കേസ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇയാളോട് ചോദിച്ചു എന്താ ഈ ചുവട്ടൽ വെച്ച് സൗഖ്യമായിട്ട് ഇരുന്നൂടെ അയ്യോ പാവൻ ട്രെയിൻ എല്ലാം ചുമക്കണു ഇത് ഞാൻ ചുമന്നോളാം തലയിൽ വെച്ചത് കൊണ്ട് വല്ല വിശേഷണമുണ്ടോ വല്ല വിശേഷം ഉണ്ടോ തലയിൽ വെച്ചാലും ചുവട്ടിൽ വെച്ചാലും ട്രെയിൻ തന്നെ ചുമക്കണം അല്ലെ ഈ ചുമക്കണ ആളെയെ ട്രെയിനാണ് ചുമക്കണത് പിന്നെ ഇവൻ എവിടെ ചുമക്കാൻ വെറുതെ വൃഥ അഹങ്കരണം പരം വെറുതെ കഷ്ടപ്പെടും അത്രേ ഉള്ളൂ വെറുതെ ദുഃഖിക്കും വൈഷമ്യം അതുപോലെയാണ് എല്ലാം ഒരു മഹേശ്വര ശക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ അത് ചെയ്യുന്നു ഞാൻ ഇത് ചെയ്യണു ഞാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ സദാ ഞാൻ ചെയ്യുന്നു ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ളത് അഹം കർത്തേതി അഹംമാന മഹാകൃഷ്ണാ ഹിദം നാഹം കർത്തേതി വിശ്വാസ അമൃതം ഞാൻ കർത്താവാണ് ഞാൻ കർത്താവാണെന്ന് വിഷം കയറിയിരിക്കണെന്നാണ് അജ്ഞാനമാവുന്ന കൃഷ്ണ സർപ്പം കടിച്ചിട്ട് ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്ന് വിഷം കയറിയിരിക്കണം ഇതിനിപ്പോ ആന്റിഡോട്ട് എന്താ മരുന്ന് എന്താ ർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീഭവ ജഗത്തിനെ മുഴുവൻ നടത്തുന്ന ഒരേ ഒരു സർവേശ്വരൻ മഹാശക്തി അതിന്റെ മുമ്പിൽ ഞാൻ ഒന്നും തന്നെ അല്ല ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല എന്നുള്ള ഉറപ്പ് അത് തന്നെ മരുന്നു ആ മരുന്ന് ഉള്ളിൽ സേവിക്കാം സേവിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ സേവിപ്പിക്കും എങ്ങനെയെന്ന് വെച്ചാൽ അതിനു വഴിയുണ്ട് അതാണ് നമ്മൾക്ക് ദുഃഖം ദുഃഖം എന്ന് പറയണത് നമ്മൾ കർത്താവ് എന്ന് വിചാരിച്ച് നടക്കുന്ന സ്ഥലത്തൊക്കെ അടിക്കുമേലെ അടി വീഴും ഓരോ അടി വീഴുമ്പോഴും നമ്മൾക്ക് തോന്നും എന്താ ഈ ദുഃഖം ദുഃഖിച്ച് ദുഃഖിച്ച് ദുഃഖിച്ച് അവസാനം നമ്മൾ നമ്മളോട് ചോദിക്കും ഈ ദുഃഖിക്കുന്ന ആൾ ആരാ ചോദിക്കും ദുഃഖിക്കുന്ന ആൾ ആരാ അടി വീഴുന്നത് നമ്മളുടെ മേലെയല്ല നമ്മളുടെ ശത്രുവായിട്ട് നമ്മളെ നിരന്തരം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളെയാണ് ഈ പ്രേതത്തിനെ ൂടുമ്പ അടിക്കും അല്ലെ അടിക്കണത് ആ വ്യക്തിയാണോ വാസ്തവത്തിലെ ഏ ഞാൻ പോവാമേ ഞാൻ പോവാമേ എന്നൊക്കെ പറയും അടിക്കണത് ഈ ബാധ കൂടിയ അല്ലേ അതുപോലെ നമ്മൾ ജീവിതത്തിൽ ദുഃഖമൊക്കെ ഈ ബാധയാണ് അടിക്കുന്നത് യഥാർത്ഥ ഞാനിനെ ഒന്നും സ്പർശിക്കില്ല ഈ അഹങ്കാര പിശാശിനെയാണ് അടിക്കുന്നത് മുഴുവൻ അടിച്ചടിച്ചടിച്ച് ഒഴിപ്പിക്കും സ്വയം ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ സർവേശ്വരൻ ഒഴിപ്പിക്കും അപ്പോ ആ ഒഴിക്കാനുള്ള മാർഗമാണ് ഭഗവാൻ പറഞ്ഞത് തമേവച് ആദ്യം പുരുഷം പ്രപദ്ധ്യേ യഥ പ്രവൃത്തി പ്രസുതാ പുരാണി നിന്നും അനാദികാലമായി ഇവിടെ പ്രവൃത്തി നടക്കുന്നു സകല കർമ്മ ചലനങ്ങളും നടക്കുന്നുവോ അവന് ശരണാഗതി അത് നമ്മൾ പുറമേക്ക് ഭക്തിയുടെ ഭാവത്തിൽ ഒരു സർവേശ്വരൻ ആ ഭഗവാനിൽ നിന്നും പ്രപഞ്ചമുണ്ടായി ഭഗവാൻ നടത്തുന്നു ഭഗവാന് ശരണാഗതി അകമേക്ക് നോക്കുമ്പോ ഈ പ്രവൃത്തിയൊക്കെ എവിടുന്ന് പൊന്തി പ്രവൃത്തി ഹീ പുരാണി എന്ന് പറഞ്ഞല്ലോ ഈ പ്രവൃത്തിയൊക്കെ എവിടുന്ന് പൊന്തി അന്വേഷിച്ചു നോക്കിയാൽ രാത്രി സുഖമായി കിടന്നുറങ്ങണു അല്ലെ എല്ലാം വിട്ട് ഉറങ്ങി ഉറങ്ങുമ്പോ ഒരു പ്രവൃത്തിയുമില്ല സ്വപ്നം പോലും ഇല്ലാതെ ഉറങ്ങി രാവിലെ എണീറ്റ ഉടനെ ആദ്യം ഞാൻ എന്ന് പൊന്തി എന്ന് പൊന്തി ശരീരമാണ് എറണാകുളത്താണ് കിടക്കണത് തൃപുണിത്തുറയിലാണ് കിടക്കണത് എന്ന് തോന്നി ഇതാ മറ്റുള്ളവരെയൊക്കെ കണ്ടു എവിടുന്നീ ആദ്യത്തെ ചലനം ഉണ്ടായി എന്തിന് ചലിച്ചു ഈ മനസ്സ് എവിടെ ചലിച്ചു എവിടുന്ന് ചലിച്ചു പൊന്തി സുഷുപ്തിയിൽ നിന്ന് പൊന്തി നമ്മൾ പറയും സുഷുപ്തിയിൽ ഒരു ഇരുട്ടിന്റെ ആവരണമുണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് പക്ഷെ ആ ആവരണം എവിടെയാ നിൽക്കുന്നത് ഞാൻ ഉണ്ട് എന്നുള്ള ബോധത്തിൽ അല്ലെ അഹമസ്മി യോഹമസ്മി അഹമേവാഹമസ്മി മറ്റൊന്ന് പറയാൻ വയ്യ ആ ഉണ്ട് എന്നുള്ള ഉണർവിൽ സുഷുപ്തി ജാഗ്രത് സ്വപ്നം എന്നുള്ള മൂന്നവസ്ഥകളും ചലിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ സ്വപ്നാവസ്ഥയിൽ ഒരു വ്യക്തിത്വം ദുർബലമായ ഒരു വ്യക്തിത്വം ജാഗ്രത അവസ്ഥയിൽ പ്രബലമായ ഒരു വ്യക്തിത്വം പൊന്തി സുഷുപ്തി അവസ്ഥയിൽ ആ വ്യക്തിത്വവും ചെന്ന് ലയിച്ചു പക്ഷെ അഹം തുടരുന്നു അഹം അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവപി ഭാവദർശനാ സുഷുപ്തി അവസ്ഥയിലും അത് അവിടെ അങ്ങനെ നിക്കുന്നു ആസ് പ്യർ എക്സിസ്റ്റൻസ് നോട്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ ബട്ട് ആസ് പ്യർ എക്സിസ്റ്റൻസ് അസ്തിത്വം ഉണ്മയായി സുഷുപ്തിയിലും അത് നിക്കുന്നു അപ്പൊ സുഷുപ്തിയിലും ഏതൊരു വസ്തുവുണ്ടോ അത് സ്വപ്നാവസ്ഥയിലും അധിഷ്ഠാനമായിട്ടുണ്ട് ജാഗ്രതാവസ്ഥയിലും അധിഷ്ഠാനമായിട്ടുണ്ട് ആ അധിഷ്ഠാനത്തിലാണ് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും നടക്കുന്നത് ജാഗ്രത്തിൽ ശരീരം ഉണ്ട് മനസ്സുണ്ട് ഈ ഉണർവുണ്ട് സ്വപ്നത്തിൽ ശരീരം ഇല്ല മനസ്സ് മാത്രം ചലിക്കുന്നു ഈ ഉണർവുണ്ട് സുഷുപ്തി അവസ്ഥയിൽ ശരീരവും ഇല്ല മനസ്സുമില്ല ഈ ഉണർവുണ്ട് ഉണർവ് എന്ന് വെച്ചാൽ അവബോധം എന്നുവച്ചാൽ ജീവശക്തി എന്തു വേണമെങ്കിൽ പറഞ്ഞോളൂ ഈ മൂന്നും വന്നും പോയും കൊണ്ടിരിക്കുമ്പോഴും മാറാതെ നിൽക്കുന്നവൻ എവനോ അവനാണ് പുരുഷൻ പരമപുരുഷൻ ആ പരമപുരുഷന്റെ ഒരംശം എന്ന് നമുക്ക് ഇപ്പൊ തോന്നും അത് നമ്മൾക്ക് പതുക്കെ കാണാം സ്വപ്ന ജാഗ്ര സുഷുപ്തി അവതി നിത്യം സ്വപ്നം ജാഗ്ര സുഷുപ്തി മൂന്നിനെയും കണ്ടുകൊണ്ട് സാക്ഷിയായി അധിഷ്ഠാനമായി നിൽക്കുന്ന സത്യവസ്തു സത്യവസ്തുവിനെ തെളിഞ്ഞ് അനുഭവിക്കണം അതിനെ കണ്ടെത്താനാണ് പ്രപദ്ധിയെ എന്ന് പറഞ്ഞ ശരണാഗതി ചെയ്യുന്നു ആ പരമപുരുഷന് ശരണാഗതി ചെയ്യുന്നു നമ്മളെ കൊണ്ടാവാത്ത കാര്യം ആവുന്ന ആളുടെ അടുത്ത് ഏൽപ്പിക്കാം അതാണ് ശരണാഗതി കൊടുത്തു നിശേഷം ശരീരത്തിനെയും കൊടുത്തു മനസ്സിനെയും കൊടുത്തു ബുദ്ധിയും കൊടുത്തു എല്ലാം ഭഗവാന്റെ അടുത്ത് കൊടുത്താൽ നമ്മളുടെ ജീവിതത്തിലുള്ള സകല ദുരിതവും അസ്തമിച്ചു പിന്നീട് കുറ്റം പറയാൻ പാടില്ല രാമകൃഷ്ണ പരമഹംസർ ഒരു ഭക്തനോട് പറഞ്ഞു അല്പം ജപിക്കൂ എന്ന് പറഞ്ഞു ഏ എനിക്ക് ജപിക്കാമൊന്നും പറ്റില്ല ഭക്തൻ തുറന്നു പറയുന്ന ആളായിരുന്നു ഗിരീഷ് ചന്ദ്രഘോഷ് അദ്ദേഹത്തിനോട് പറഞ്ഞു താൻ ഒരു കാര്യം ചെയ്യാ രാവിലെ ഒരു ഒരു മണിക്കൂർ ജപിക്കൂ ഏ രാവിലെ ജപിക്കാനൊന്നും എനിക്ക് സാധ്യമല്ല എന്നാ വൈകീട്ട് ജപിക്കൂ വൈകിട്ട് ജപിക്കാനും എനിക്ക് പറ്റില്ല രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത്തിരി ജപം ചെയ്യൂ അതും സാധ്യമല്ല എന്തു പറഞ്ഞാൽ ഇയാൾ പറ്റില്ല അപ്പൊ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്യാതിരിക്കണതിനേക്കാളും തുറന്നു പറയണത് വാസ്തവ നല്ലതാണല്ലോ അപ്പൊ രാമകൃഷ്ണദേവന് അവസാനം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യ തൻ്റെ എന്താ പറയാ പവർ ഓഫ് അറ്റോണി എഴുതി എനിക്ക് തരും തന്റെ കാര്യം ഞാൻ നോക്കിക്കൊടാം അദ്ദേഹത്തിന് വലിയ സന്തോഷമായി ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ വേണ്ടില്ലല്ലോ നമ്മളുടെ ഒക്കെ കൊടുക്കുക പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഗിരീഷ് ചന്ദ്രഘോഷ് പറയണത് ഞാൻ ശരിക്കും കുടുങ്ങി എന്ന് മനസ്സിലായത് ശ്വാസോച്ഛ്വാസം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് അനുമതി ചോദിക്കണം എന്നുവെച്ചാൽ ഒരു പ്രതിബദ്ധത വന്നുപോയി ശരണാഗതി ചെയ്യുമ്പോ നമ്മളുടെ ശരീരമല്ല ശരണാഗതി ചെയ്തു എന്ന് പറഞ്ഞ ശേഷം എനിക്ക് മനസ്സ് ചഞ്ചലമായിരിക്കണമെന്ന് പിന്നീട് പറയാൻ പാടില്ല കാരണം ആരുടെ മനസ്സ് അടുത്ത് പശുവിനെ അടുത്ത വീട്ടുകാർക്ക് കൊടുത്തു പിന്നെ അത് കറന്നുവോ കറന്നില്ലയോ അന്വേഷിക്കാൻ പാടുവോ ദാനം കൊടുത്ത മാടെ പല്ല പിടുങ്ങി പാക് ചൊല്ലില് ദാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് ആ പശുവിനെ നോക്കാൻ പാടില്ല ദത്താപഹാരമാണ് അത് കൊടുത്തതിനെ പിന്നെ അപഹരിക്കാൻ പാടില്ലേ അപ്പോ പ്രവൃത്തി ചെയ്താൽ ശരീരം കൊടുത്തു ശരീരത്തിന് അനാരോഗ്യമോ ഭഗവാനെ അനാരോഗ്യം രൂപത്തിൽ അങ്ങ് നിൽക്കുന്നു നമസ്കാരം ശരീരത്തിന് ആരോഗ്യമോ ഓ അത് എന്റെ അല്ലല്ലോ ഭഗവാൻ നമ്മളുടേതേന്ന് വരുമ്പോഴാണ് എല്ലാ കുഴപ്പമേ ഇപ്പോ ഒരു വീട്ടില് ഇരുപത് വർഷം താമസിച്ച ആളുകൾ ഇപ്പോഴും അത് ഇടിഞ്ഞു വീഴും ഒരു വശത്ത് വീഴും ഒരു മതിലേ വീണാലോ അവർക്ക് കുഴപ്പമൊന്നുമില്ല അതേ വീട് ഇരുപത് വർഷം കഴിഞ്ഞ് ഒരു ദിവസം വാങ്ങിച്ചു അടുത്ത ദിവസം അവിടെ ഒരിടത്ത് ചുണ്ണാമ്പ് പോയാൽ മതി അഭിമാനക്ഷതം എന്താ അതേ വീട് തന്നെയാ ഇരുപത് വർഷം താമസിച്ച വീടാണ് പക്ഷെ ഇപ്പൊ ഇത് എന്റെ എവിടെയോ ഒരു ഒപ്പിട്ട് കൊടുത്തുപോയി ഭാവം മാറി തൻ്റെന്ന് വിചാരിച്ചതോടുകൂടെ ഭാവം മാറി അപ്പോ തന്റേതല്ലെന്ന് വിചാരിച്ചാൽ എത്ര കണ്ട് ഭാവം മാറും ആലോചിച്ച് നോക്കുക വലിയ മാറ്റം വരാനായിട്ട് വലിയ സാധനൊന്നും വേണ്ട ഈ ഒരു ഭാവമാറ്റമാണ് പ്രധാനം എന്റെ അല്ല ഭഗവാന്റെയാണ് ഈ ശരീരം ഭഗവാന്റെയാണ് ഈ മനസ്സ് ഭഗവാന്റെയാണ് ഈ ബുദ്ധി ഭഗവാന്റെയാണ് എന്റെ ഉള്ളിലുള്ള ഈ കർത്തൃത്വം വ്യക്തിത്വം വ്യക്തിബോധം ഭഗവാന്റെ ആണ് ഇതൊക്കെ ഭഗവാനെ ചേർന്നത് എനിക്ക് എന്റെ അടുത്ത് തന്നെ എനിക്ക് എന്റെ ജീവിതം തന്നെ എന്റെ അല്ല എന്നായി തീർന്നാൽ Instantaneously, you will realize the self. Sadyo വിൽ റിയലൈസ് അവരുദ്ധ്യതേ bhagavadam ഭാഗവതം പറയാൻ കാരണം അതാണ് ആ mukti vannu വന്നു പോകും ശരണാഗതി ശരിയായ ശരണാഗതി ആണെങ്കിൽ പതുക്കെ സാക്ഷാത്കാരമല്ല ശരണാഗതി ചെയ്യുന്ന ക്ഷണത്തിൽ സാക്ഷാത്കാരം മൃത്യുഞ്ജയം മൃത്യുഭയാശ്രിതാനാം അഹമ്മതിഹി മൃത്യുമുപൈതി പൂർവം അതസ്വഭാവാദ അമൃതേഷുതേഷു കഥം പുനർമൃത്യുധിയോ അവകാശ ഭഗവാൻ നമ്മുടെ മഹർഷി സദർശനത്തിൽ ചോദിക്കുന്നു മരണഭയം കൊണ്ട് മഹേശ്വരനെ ശരണാഗതി ചെയ്തവരുടെ വ്യക്തിബോധത്തിനെ സർവേശ്വരൻ ആ ക്ഷണം തന്നെ വിഴുങ്ങിക്കളയും പിന്നെ അവർ സ്വഭാവേന അമൃതന്മാരാണ് എന്തു മൃത്യു എന്തു മരണത്തിനെ ചർച്ച അപ്പോ ശരിയായ പ്രപത്തിയാണെങ്കിൽ ആ ക്ഷണത്തിൽ തന്നെ സിദ്ധി വന്നു പോകും പൂർണത്വം അങ്ങനെ പൂർണ്ണത്വം വന്ന ആളുകൾ അവരെങ്ങനെ ഉണ്ടാവും അവരുടെ ലക്ഷണം എന്താ അതാണ് അടുത്ത ശ്ലോകത്തിലെ ചില മുഴുവനായിട്ട് വരയ്ക്കാം പകുതി പകുതിയായിട്ട് പിരിക്കേണ്ട മുഴുവനായിട്ട് വരയ്ക്കും നിർമ്മാണമോ അധ്യാത്മനിത്യാവി നിവൃത്ത ദ്വന്ദ്ർവിക്തദുഖസൈ ഗമൂഢാ പദമ്യയം തത് നിർമാണമോഹാദൃത സോഷ ध्यात्म विवृत्त का सुख दुख सूढ़ पदम व्यय तोहा संग दोषा अध्यात्म विनृत्त काम ൂഢാ പദം അവര് പദം അവ്യയം തത് പദം ഗ അവര് ഒരിക്കലും ക്ഷയിക്കാത്തതായ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാത്തതായ വ്യയമില്ലാത്തതായ ശാശ്വതമായ പദത്തിലേക്ക് ഗമിക്കുന്നു കച്ചന്തി എന്ന ആചാര്യസ്വാമികൾ ഇതിന് ഭാഷ്യം ചെയ്യുമ്പോ അവഗതി എന്നുള്ള അർത്ഥം പറയുമ്പോ ഗതി എന്നുള്ളതിന് അവഗതി എന്നാണ് അർത്ഥം എന്ന് പറയുന്നു എന്ന് വെച്ചാൽ റെക്കഗ്നൈസിംഗ് ഇറ്റ് യൂണിവേഴ്സൽഫ് ആ സത്യം ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ഉണ്ട് ഇവിടുന്ന് അവിടേക്ക് പോകൽ അവിടുന്ന് ഇവിടേക്ക് പോകൽ ഒന്നുമില്ല ഒരു ഭാഷാപരമായി ഗച്ഛന്തി എന്ന് പറയുന്നു അത്രയോ പോക്കും വരവും ഇല്ലാത്ത സ്ഥിതിയാണ് രമണ മഹർഷി അക്ഷരമണമാലൈ എന്ന ആ പാട്ടിൽ പറഞ്ഞു അരുണാചല ഈ പോക്കും വരവുമില്ലാത്ത ചിതാകാശത്തിൽ എന്നെ പ്രതിഷ്ഠിക്കുന്ന പോക്കും വരവുമില്ലാ പൊതുവെളിയിനിൽ അരുൾ പോരാട്ടം കാട്ടൻ അരുണാചല പോക്കും വരവുമില്ലാത്ത ചിതാകാശത്തിൽ കൃപാലീന ചെയ്ത് കാണിച്ചു എനിക്ക് എന്നാണ് അപ്പോ ായിട്ട് അപ്പോ അവരുടെ ലക്ഷണം പറയാ സാധുക്കൾ ശരണാഗതി ചെയ്തവർ എങ്ങനെ വർത്തിക്കുന്നു നിർമാന മാനം മാനം എന്ന് വെച്ച അഭിമാനം അഭിമാനം ഇല്ല ശരീരം താനാണെന്നുള്ളത് ഇല്ല അനന്തമായ വസ്തുവിനെ പരിചിഹമായിട്ട് അളക്കുന്നതിന് പേരാണ് മാനം അതിനോടുള്ള പറ്റിക്കൂടൽ മാനം മേയം എന്ന് പറയും അതും ഇതുകൂടെ ചേർത്താൽ നമ്മൾ മാനം അപമാനം എന്ന് പറയുന്നുണ്ടല്ലോ ഒക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ അനന്ത വസ്തുവിനെ ചെറിയ ഒരു പൊരുളായിട്ട് കരുതി ഈ ശരീരമായിട്ട് കരുതി എന്നിട്ട് അതിനോട് എന്തൊക്കെ അഭിമാനം അല്ലെ എത്ര അഭിമാനം അഭിമാനം വർദ്ധിച്ചു കൊണ്ടേ വരുന്നു നമുക്ക് വിട്ടുപോവാത്ത മാനം ശരീരത്തിനോട് അഭിമാനം ശരീരത്തിന്റെ വിശേഷണങ്ങളോട് അഭിമാനം ഇത് ബ്രാഹ്മണനാണ് പണ്ഡിതനാണ് സ്ത്രീയാണ് സൗന്ദര്യമുണ്ട് ഞാൻ എഞ്ചിനീയറാണ് ഡോക്ടറാണ് ഇതൊക്കെ ആരോപണങ്ങൾ ആരോപണങ്ങൾ ഇതിന് അധ്യാരോപണം എന്ന് പറ അധ്യാരോപിച്ച് അധ്യാരോപിച്ച് ഇങ്ങനെ പെരുത്ത് പെരുത്ത് പെരുത്ത് പെരുത്ത് വരും ഇതൊക്കെ എന്താവുന്ന ഓരോ ആരോപണവും നമ്മളുടെ മേലെ ഒരു വെയിറ്റ് ആയിട്ട് ഇരിക്കും ഒരു ഘനമായിട്ട് ഇരിക്കും ആ ഘനം പോകുമ്പോ എന്താവുന്നു നമ്മള് വളരെ ലൈറ്റാകും ശരണാഗതി ചെയ്യുമ്പോ ഞാൻ ഒന്നുമല്ലാതായിട്ട് തീർന്നു സർവേശ്വരന് ശരണാഗതി ചെയ്യുമ്പോ ഭഗവാൻ നമ്മളെ എടുത്ത് വിഴുങ്ങിക്കളയും ഇനി ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിത്വമേ ഇവിടെ പ്രബലമല്ല രാമകൃഷ്ണദേവൻ പറയുന്നു ഞാൻ യന്ത്രം അമ്മ യന്തി ഞാൻ ദാസൻ അമ്മ യജമാനൻ ഞാൻ ഭക്തൻ അമ്മ ഭഗവാൻ ഇവിടെ ഞാൻ രഥം അമ്മ രഥി അപ്പൊ ഇതിൽ വ്യക്തിത്വത്തിന് പ്രാബല്യമില്ലാതാവുമ്പോ നിർമ്മാന മോഹാഹ മോഹം എന്താ മോഹം അഹങ്കാരം ഉണ്മയാണ് ഉള്ളതാണ് മോഹം മൂലാവിദ്യ എന്നിതിന് പറയുന്നു പ്രൈമൽ ഇഗ്നറൻസ് അതായത് രമണ മഹർഷി അദ്ദേഹം പറയും ഞാൻ എന്ന് വ്യക്തിത്വം വാസ്തവം എന്ന് കരുതിക്കൊണ്ട് ബ്രഹ്മത്തിനെയും ഈശ്വരനെയും ഒക്കെ അന്വേഷിക്കണത് അധ്യാത്മ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ കള്ളൻ പോലീസിന്റെ വേഷം കെട്ടിയിട്ട് കള്ളനെ പിടിക്കാൻ ഓടി നടക്കണ പോലെയാണോന്നാണ് കള്ളൻ പോലീസ് വേഷം കിട്ടി എന്നിട്ട് പോലീസുകാരുടെ കൂടി കള്ളനെ തെരഞ്ഞുകൊണ്ട് നടക്കുക കിട്ടുവോ ഇയാള് കള്ളനെ ഇയാള് കള്ളൻ അയാള് തന്നെ ആ നിന്നും അന്വേഷിക്കണം രമണ മഹർഷിയുടെ ഒരു വലിയ സ്വാമി സ്വാമി രാജേശ്വരാനന്ദ അദ്ദേഹവും സ്വാമി ചിന്മയാനന്ദനും ഒക്കെയാണ് ആദ്യം കാൾ ഡിവൈൻ എന്നൊരു മാഗസിൻ നടത്തിക്കൊണ്ടിരുന്നത് ചിന്മയാനന്ദ സ്വാമി പ്രബലത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ചിന്മയാമേഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് രാജേശ്വരാനന്ദ രമണ മഹർഷിയുടെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം മഹർഷിയോട് ചോദിച്ചു ഭഗവാനെ ഇങ്ങനെയൊരു മഹാവൈഭവം ആയിരം ആയിരം വർഷങ്ങൾക്കിടയിൽ വരുന്ന ഒരു ആവിർഭാവമാണ് അങ്ങയുടെ ഈ ജീവിതം സുഖബ്രഹ്മ മഹർഷിയെ പോലെ ജഡഭരതനെ പോലെ വാമദേവാദികളെ പോലെ ഒരു പ്രയത്നം കൂടാതെ ബ്രഹ്മനിഷ്ഠനായിട്ട് എന്നിട്ടും ലോകത്തിൽ വളരെ കുറച്ചു പേരല്ലേ അറിയുന്നുള്ളൂ ഇത് അല്പം പ്രചാരം ചെയ്യേണ്ടേ പ്രചാരം ചെയ്തിട്ടില്ലെങ്കിൽ ആളുകൾ എങ്ങനെ അറിയും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രചാരമൊക്കെ വേണ്ടേ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരാളും ഉണ്ടെന്ന് ലോകത്തിൽ അറിയിക്കേണ്ടതല്ലേ അപ്പൊ മഹർഷി പറഞ്ഞു അതെ അറിയിക്കണം പ്രചാരം ചെയ്യണം എങ്ങനെ പ്രചാരം ചെയ്യും പ്രച ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഈ പ്രചാരം ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അവനെ ഇല്ലാതാക്കാം എന്നാൽ തനീയ പ്രചാരം നടക്കും ഈ പ്രചാരം ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉള്ളിൽ പൊന്തിന്ന് ഈ അഹങ്കാരം വിശേഷം അസ്തമിച്ചാൽ ആ മോഹം ഉള്ളുന്നു പോയാൽ പ്രചാരം നടക്കും തേൻ ഒരിടത്ത് വിട്ടു ഉറ്റുവീണാൽ ഇറ്റ് വീണാൽ എറുമ്പിന് ലെറ്റർ ഇടണം അതാ അവിടെ തേൻ വീണുണ്ടോ പറഞ്ഞിട്ടോ ഉറുമ്പ് വരും അല്ലെ അതിന് ലെറ്ററായിക്കൊന്നും വേണ്ട അതുപോലെ യഥാർത്ഥ അനുഭൂതി ഉണ്ടോ വരും മോഹം പോകണം എന്നാണ് മോഹം എന്താ നമുക്ക് ഇവിടെ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോന്നും നമ്മളൊരു പ്രത്യേക വ്യക്തിയാണെന്നും ഈ മോഹം അത്യന്തം കുഴപ്പത്തിൽ അതാണ് പറഞ്ഞു ഈ അന്വേഷിച്ച് അന്വേഷിച്ച് ഉള്ളുപോയിട്ട് വലിയൊരഹന്ത വരാവരം തരേണം ഈ ചെറിയ അഹന്ത പോയിട്ട് ലോകത്തിനെ ഞാൻ അങ്ങോട്ട് മാറ്റിമറിക്കും എന്നൊക്കെ കഴിഞ്ഞ പ്രഭാഷണത്തെ പോലെ ഒരാൾ വന്നു പറഞ്ഞു ഞങ്ങളുടെ ഗുരു ഇപ്പൊ ഒരു പത്ത് പതിനാറ് രൂപ കോടി ഒരു ആശ്രമം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ലോകം മുഴുവൻ മാറും അദ്ദേഹം എന്നിട്ടാണോ ഇപ്പൊ പ്രചാരം ചെയ്ത് ലോകം മാറ്റാൻ പോണത് എന്തു മാറ്റാൻ ഇതൊക്കെ മോഹമാണ് നോക്കണം എത്ര അവതാര വന്നു എന്തൊക്കെ സംഭവിച്ചു എന്നിട്ടും ഈ സത്വരജസ്തമ ഗുണമയമായ ലോകം അതേപോലെ തന്നെ കാരണം എന്താ വിവേകാനന്ദ സ്വാമികൾ പറയുന്നു കർമ്മയോഗം മുഴുവൻ പറഞ്ഞിട്ട് പറയണു ഈ ലോകം നായണവാദി പോലെയാണോ നിവർത്താൻ ശ്രമിക്കൂ പിന്നെയും വളയും നിവർത്താൻ ശ്രമിക്കൂ പിന്നെയും വളയും പക്ഷേ ഒരു പ്രയോജനമുണ്ട് എന്താന്ന് വെച്ചാൽ ഇത് നിവർത്തുന്നതിന്റെ ഒപ്പം തന്റെ ഉള്ളിലുള്ള ഒടുവും വളവും ഒക്കെ കുറയുന്നവരും അതിനാണത് പിന്നെയും വിട്ടോളൂ പുറകെ വരണവർക്ക് വേണം അത് വളഞ്ഞു തന്നെ ഇരിക്കും അപ്പോ ഇതൊക്കെ മോഹം ആത്മാവല്ലാത്ത വസ്തുക്കളിലുള്ള ഭ്രമത്തിന് പേരാണ് മോഹം അത് ഉണ്മയാണെന്നും അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നും മാറ്റാനുണ്ടെന്നും മറ്റും ഒക്കെ ഈ മോഹം പതുക്കോ ഒന്നൊന്നായി വിട്ടുപോയി സത്യത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങണം അതിനെന്തു വേണം മോഹം എങ്ങനെ ഉണ്ടാവുന്നു സംഘം കൊണ്ടാണ് അല്ലെ സംഘാസതേ കാമഹ കാമാരോധോപചായതെ ക്രോധാത്ഭവതി സമ്മോഹ ലോകവിഷയങ്ങളിലൊക്കെ സംഘവും നമുക്ക് മോഹമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവർ ഉണ്ടാക്കും കുട്ടികളോടൊക്കെ വലിയവർ എന്ത് പറഞ്ഞു കൊടുക്കും ബി അംബീഷ്യസ് പറഞ്ഞു കൊടുക്കും അവർക്കറിയാം അംബീഷൻ ഒക്കെ കുഴപ്പമാണോ നമ്മൾ വീണതല്ലേ അവരും വീഴട്ടെ എന്നാണ് ഒരാൾ മാത്രം പോരല്ലോ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് ഹോൾ വേൾഡ് ഈസ് കളക്റ്റിൽ കളക്റ്റീവ് മ്യൂച്വൽ ഹിപ്പനോട്ടിസമാണ് അവിടെ ഒരാൾ മറ്റേ ആളെ പറഞ്ഞു കൊടുക്കും ഭാഗവത്ത് പറയുന്നുണ്ട് പരസ്പരം ആശീർവാദം കൊടുക്കും അത്ര ലൗകികന്മാരെ അവരെന്തൊക്കെ അനുഭവിച്ചു ദുഃഖിച്ചോ അതൊക്കെ മറ്റുള്ളവർക്ക് ആശീർവദിക്കണം എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ നമസ്കരിച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കുട്ടിക്ക് ഭക്തി വരട്ടെട്ടോ നല്ലവണ്ണം ഞാൻ ആരെങ്കിലും പറയുമോ ഏതെങ്കിലും കുട്ടികൾ മുത്തശ്ശന്മാരെയോ മുത്തശ്ശിമാരെയോ നിറയെ പണം കാശി സമ്പാദിച്ച് സൗഖ്യം നിറയെ പണം സമ്പാദിക്കണം വലിയ ആളോവണം ലോകത്തിലെ എന്ന് പറയും െ എന്താ വലിയ ആള് അവർ കണ്ടതല്ലേ പരീക്ഷിച്ച് കണ്ടതല്ലേ പക്ഷെ ആശീർവദിക്കുമ്പോ എന്താവും എന്തൊക്കെ അവരബദ്ധമെന്ന് കണ്ടുവോ അതൊക്കെ വാഴ്ത്തും എന്നാണ് ഇതാണ് മോഹം ഇതൊക്കെ മോഹത്തിന്റെ പല കണികളാണ് ഈ മോഹം പറഞ്ഞു പോയാൽ അത് നമുക്ക് പറയാം അപ്പൊ എന്തായി ഈ ഭ്രമം വിട്ടുപോയവർക്ക് അതാണ് നിർമ്മാണ മോഹാഹ ഭഗവാൻ മാത്രം ഉണ്മ എന്ന് കണ്ടത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ കള്ളം കള്ളം എന്ന് വെച്ചാൽ പിന്നെ വ്യവഹരിക്കാതിരിക്കോ വ്യവഹരിക്കും പക്ഷെ അറി അതിന്റെ എത്ര കണ്ട് അതിന് സ്ഥാനം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വ്യവഹരിക്കും ഒന്ന് ആലോചിച്ചറിയാം നമ്മളിപ്പോ വാസ്തവം വാസ്തവം എത്ര തന്നെ പറഞ്ഞാലും ഇതേപ്പം ഈ ശരീരം എത്ര കാലം നിൽക്കും ഇനി ഒരു അറുപത് എഴുപത് വർഷം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുമോ മാക്സിമം അത് ആലോചിച്ചാൽ തന്നെ ഇതിന് ആദ്യ ആലോചിച്ചാൽ മതി നമുക്ക് പിടികിട്ടുവോ ഇത്രേ ഉള്ളൂ എന്നാണ് ഇതിന്റെ ഇടയിൽ ഇപ്പൊ എന്ത് കിടന്നു തുള്ളാനാ ഈ തുള്ളുന്നതൊക്കെ എങ്ങനെയാ രാമകൃഷ്ണ പരമസരി മനോഹരവുമായിട്ട് പറയും സാമ്പാറിലും ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെയാ കിടന്ന് ഡാൻസ് കളിക്കൂ അവര് കണ്ട ഞങ്ങളാണോ എന്നുള്ള മട്ടാണെന്നാണോ ചുവട്ടെന്ന് വിറകൊന്നു വലിച്ചാൽ മതി ബ്ലും അപ്പൊ മോഹം എന്താ ഞാനില്ലെങ്കി എടുത്ത് ഒറ്റ കാര്യം നടക്കില്ല ഗൃഹസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മോഹം വന്നു പോകും ഡ്യൂട്ടി ഡ്യൂട്ടിന്ന് നമ്മളതിന് പേരും പറയും ഞാനില്ലെങ്കി എന്റെ കുടുംബത്തെ കാര്യമൊക്കെ നടക്കുവോ അങ്ങനെ മോഹം വരുമ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ദിവസം ഇറങ്ങി ഇങ്ങോട്ട് പോവാ ഒരു മൂന്ന് മാസം എവിടെയാ ലെറ്റർ ഒന്നും അയക്കരുത് എന്നിട്ട് തിരിച്ചു വരിക തിരിച്ചു വന്ന് നോക്കിയ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കുന്നത് കാണുന്നു അപ്പോഴാണോ മനസ്സിലാവുക നമുക്ക് നമ്മളാണോ കുഴപ്പം ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടുത്തെ സർവ്വകാര്യങ്ങളും നടക്കും എന്നുള്ളത് അപ്പൊ തെളിയും വെറുതെ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഒറ്റ കാര്യം നടക്കില്ല അപ്പൊ ഈ ഞാൻ ഉത്ര പ്രാമുഖ്യമുള്ളതൊന്നും അല്ല എന്നറിഞ്ഞാൽ മോഹം പോയി അതെവിടെ പോകും ജിതസംഘദോഷാ ഹം വിടണം സംഘം എങ്ങനെ വിടും സത്സംഗാത് മുക്ത ദുസ്സംഗും ഭഗവത് ഭക്തന്മാരുടെ സംഘം ജ്ഞാനികളുടെ സംഘം വിവേകമുദിച്ചവരുടെ സംഘം ആ സംഘത്തില് വീണ്ടും വീണ്ടും ചെന്നിരുന്ന് ശ്രവണം ചെയ്യുമ്പോ നമ്മളുടെ ഉള്ളിലുള്ള അജ്ഞാനം പതുക്കെ പതുക്കെ ചെത്തി ചെത്തി പോകും ഒറ്റ അടിക്ക് പോയിട്ടില്ലെങ്കിലും അല്പ അല്പമായിട്ട് അത് മുറിഞ്ഞു മുറിഞ്ഞു വീഴും അങ്ങനെ മുറിഞ്ഞു വീഴുമ്പോ മുക്ത ദുസ്സംഗ എന്നാണ് ദുസ്സംഗത്തിന്റെ എഫക്റ്റായിട്ട് നമ്മളുടെ ഉള്ളിൽ കയറി കൂടിയ ജേംസ് സത്സംഗത്തിൽ ജേംസ് ഉണ്ട് ജ്ഞാനത്തിന്റെ ജേംസ് അത് നമ്മളെ അറിയാമോ നമ്മളുടെ ഉള്ളിലേക്ക് കയറുമ്പോ മറ്റേ നെഗറ്റീവ് ബാക്ടീരിയുണ്ട് ദുസ്സംഗത്തിന്റെ ബാക്ടീരിയുണ്ട് ക്രോധരൂപത്തിലും കാമരൂപത്തിലും അസൂയയായിട്ടും ദ്വേഷമായിട്ടും ഇതൊക്കെ പതുക്കെ ഈ ബാക്ടീരിയ ഉള്ളിൽ കിടക്കുമ്പോ അതിനെ പുറത്തേക്കാക്കും അപ്പോ ജീതസംഘദോഷാഹ സംഘത്തിന്റെ ദോഷം പതുക്കെ അവരെ വിട്ടുപോകും സത്സംഗത്വേ നിസ്സംഗത്വം നിസ്സംഗത്വം വന്നുപോകും അതിനോടൊപ്പം സത്സംഗത്തിൽ ബ്രഹ്മവിദ്യ കേട്ട് കേട്ട് കേട്ട് നിസ്സംഗത്വേ നിർമോഹത്വം മോഹം വിട്ടുപോകും അല്ലേ പോയാൽ മോഹം പോകും മോഹം പോയാൽ മാനം പോകും പടിപടിയാണ് ഓരോന്ന് സത്സംഘം പോയാൽ മോഹം പോകും മോഹം പോയാൽ അഭിമാനം പോകും അഭിമാനവും പോയി പോകും അപ്പോ ജീതസംഗ ദോഷ ആവട്ടെ സംഘ നിശേഷം വിട്ടുപോകും ഇങ്ങനെ പോകും ഭഗവാനോട് രാഗമുണ്ടായാൽ മറ്റു വസ്തുക്കളോടുള്ള രാഗം പോകും സത്യവസ്തുവിനോട് സംഘം ഉണ്ടായാൽ അസത്തിനോടുള്ള സംഘം പോകും ഗീതയിലെ ഏറ്റവും പ്രധാന ശ്ലോകം സാഖ്യയോഗത്തിൽ നാസത്തോ വിദ്യതേ വിദ്യതേ ഭാവോ വിദ്യതേ സതഹ എന്നുള്ളതാണ് സത്തിനെയും അസത്തിനെയും ഭഗവാൻ പിരിച്ചു കാണിക്കുകയാണ് സത്ത് നിങ്ങൾ ബന്ധം സ്ഥാപിച്ചാലും സ്ഥാപിച്ചിട്ടില്ലെങ്കിലും സത്തിനെ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഉള്ളത് സത്താണ് അസത്തിനോട് നിങ്ങൾ ബന്ധം സ്ഥാപിച്ചാലും സ്ഥാപിച്ചിട്ടില്ലെങ്കിലും അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞുപോകും ഗന്ധർവ നഗരപ്രഖ്യാഹ സ്വപ്നമായ മനോരഥ ഭാഗവിതത്തിൽ ചിത്രകേതുവിനോട് അങ്കിരസു മഹർഷി പറഞ്ഞു ചിത്രകേതു ഒരു കുട്ടി ജനിച്ചു മരിച്ചപ്പോ ഇത്രയും കരയണമല്ലോ ഇത് വെച്ചുകൊണ്ട് ഒന്നു മനസ്സിലാക്കിക്കൊള ഏവരാജന് ഗൃഹ രാജ വിവിധൈശ്വര്യസമ്പദ ശബ്ദാദയശ്ച വിഷയാളാരാജ്യ വിഭൂതയ മഹീ രാജ്യം ബലം കോശോ ഭൃത്യാ സുഹൃജ്ജനാഹ സർവേപ്പി ശൂരസേനയേ ശോകമോഹ ആർത്തിന്ധർവനഗരപ്രഖ്യാഹ സ്വപ്നമായ മനോരഥാഹ ഗന്ധർവനഗരം പോലെയാണ് ഏ രാജൻ ഇവിടുത്തെ സാമ്രാജ്യം അങ്ങയുടെ സമ്പത്ത് ബന്ധുക്കൾ അങ്ങനെ എന്തിനെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കണോ ഇതൊക്കെ ഇതാപ്പോ ഒരു മാജിക് ഷോ നടന്നുകൊണ്ടിരിക്കു രാജാവിന്റെ കാലത്ത് പട്ടണത്തിൽ വെച്ച് മാജിക്ക് കാണിച്ചു പത്രയാരോ ഇങ്ങനെ മാജിക് എന്താന്ന് വെച്ചാൽ ദേവാസുര യുദ്ധം ആകാശത്തിൽ ദേവന്മാരും അസുരന്മാരും കൂടെ പടവിട്ടാണ് എന്നിട്ട് വാള് കുന്തം തലയില്ലാത്ത ശരീരം കബന്ധങ്ങളൊക്കെ ചുവട്ടിൽ വീഴും എന്നാണ് ഇത് കണ്ടുപേടിച്ച ആളുകൾ നട്ടം വട്ടം ഓടി കണ്ടടുത്തൊക്കെ വേണം കയ്യും കാലുമൊക്കെ മുറിഞ്ഞു എന്നാണ് ഗന്ധർവനം പക്ഷെ കാണുമ്പോ വാസ്തവം എന്ന് തോന്നിപ്പോകുന്നു ആലോചിച്ചു നോക്കിയാലോ കുറച്ചു കഴിഞ്ഞാൽ മറഞ്ഞു പോകും എന്തൊക്കെ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ വന്നൂല്ലേ വരണതിന് മുമ്പ് കാത്തുകൊണ്ടേയിരിക്കും ആ ഒരു അനുഭവം കഴിയുമ്പോ ആ പോയി ദുഃഖാനുഭവട്ടെ സുഖ ദുഃഖാനുഭവമാണെങ്കിൽ പേടിയോടെ കാത്തുകൊണ്ടിരിക്കും സുഖാനുഭവമാണെങ്കിൽ പ്രതീക്ഷയോടെ കാത്തുകൊണ്ടിരിക്കും രണ്ടും വരും ഒരു നാടകം കളിച്ചിട്ട് മറഞ്ഞു പോയി ആലോചിച്ച് നോക്കുമ്പോ അനേക നാടകങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ജീവിതത്തിൽ അപ്പോ ഇതറിഞ്ഞതുകൊണ്ട് അതിനോട് സംഘമില്ല പിന്നെ സംഘം എന്തിനോടാ അധിഷ്ഠാനമായ സത്യവസ്തുവിനോട് സംഘം അധ്യാത്മനിത്യാഹ അധ്യാത്മനിത്യന്മാരാണ് അവർ അധ്യാത്മനിത്യന്മാരെന്ന് വെച്ചാൽ എന്താ അധ്യാത്മയോഗം അനുഷ്ഠിക്കുന്നവർ അധ്യാത്മയോഗം എന്താ ബഹിർവൃത്തിയായിട്ടുള്ള മനസ്സിനെ തഥാ പ്രതിനിവൃത്തിയ ആത്മനി സമാധാനം അധ്യാത്മ യോഗ പുറമേക്ക് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പതുക്കെ ഉള്ളിലേക്ക് വിളിച്ചു മനസ് എന്ന് വെച്ചാൽ എന്താ കൊറേ ചിത്തവൃത്തികളാണ് ഈ ചിത്തവൃത്തികൾക്കൊക്കെ ആയിട്ടുള്ള ചിത്തവൃത്തി ഞാൻ എന്നുള്ള അഹങ്കാര ചിത്തവൃത്തിയാണ് ഈ അഹങ്കാരം എവിടെ നിന്ന് പൊന്തി എന്ന് അന്വേഷിക്കുമ്പോ അഹങ്കാരം പൊന്തുന്ന സ്ഥാനത്ത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ ഒരു ബോധം ഒരു ശാന്തി ആനന്ദം അസ്തിത്വം പ്രകാശമാനമായ ഒരു അനുഭൂതി ഒരു സ്പേസ് അത് ഉള്ളിൽ അങ്ങനെ തെളിഞ്ഞു കിട്ടും അതിനെയൊക്കെ വീണ്ടും വീണ്ടും ഈ മനസ്സിനെ കൊണ്ടുവന്ന് മുക്കികളെയ്യാം ഉം സ്വാത്മതീർത്ഥ സ്നപനം എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ആത്മ അനുഭൂതിയാവുന്ന തീർത്ഥത്തിൽ ഈ മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ മുക്കുന്നു സ്വാത്മതീർത്ഥ സ്നപനം ചെയ്ത് ചെയ്ത് ചെയ്ത് ആ തീർത്ഥത്തിൽ ഈ മനസ്സ് ഈ ആലാങ്കട്ട സമുദ്രത്തിൽ ലയിക്കുന്ന പോലെ ലയിച്ചു പോകും അതങ്ങനെ അപ്പൊ വീണ്ടും വീണ്ടും ആ അനുഷ്ഠാനം നീ സ്വരൂപത്തിനെ മറന്നുകളയാതെ പിടിക്കും അല്ലെങ്കിൽ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ആ ദിവ്യരൂപത്തിലേക്ക് മനസ്സിനെ വീണ്ടും വീണ്ടും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ഒരു പരിശീലനം അങ്ങനെ ഭഗവാന്റെ ദിവ്യരൂപത്തിലാവട്ടെ അല്ലെങ്കിൽ സ്വസ്വരൂപത്തിലാവട്ടെ മനസ്സിനെ ഇങ്ങനെ നിർത്തി നിർത്തി നിർത്തി നിർത്തി ശീലിക്കുന്നത് അധ്യാത്മ യോഗം അല്ലെങ്കിലോ ശരണാഗതി ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഭഗവാനെ അങ്ങാണ് എല്ലാം ഞാൻ ഒന്നുമല്ല എല്ലാ അങ്ങയുടെ സ്വരൂപം അങ്ങല്ലാതെ എനിക്ക് പ്രത്യേക ഒരു വ്യക്തിത്വം ഇല്ല എല്ലാം അവിടുത്തെ ഇങ്ങനെ ഉള്ള ഈ അനുസന്ധാനം തന്നെ അധ്യാത്മ യോഗമാണ് ഓരോരിക്കും നമ്മൾ അങ്ങനെ നമ്മളെ ഇല്ലാതാക്കുമ്പോഴും ആ സത്യവസ്തു നിറയും ഉള്ളിൽ വന്ന് നിറയും ഓരോ ഒരിക്കലും ഞാൻ ഒന്നുമല്ല ഭഗവാനെ എല്ലാം അവിടുന്ന് ആണെന്ന് പറയുമ്പോൾ ഉള്ളിൽ നിറയും കബീർദാസ് ഒരു ദോഹയിൽ പറയുന്നു എല്ലാം അങ്ങാണ് അങ്ങാണ് അങ്ങാണെന്ന് പറഞ്ഞ് എന്റെ ഉള്ളിൽ ഞാനില്ലാതായിട്ട് തീർന്നു അതിനകത്തും രാമൻ വന്ന് നിറഞ്ഞു ഭഗവാൻ വന്ന് നിറഞ്ഞ അപ്പോ അധ്യാത്മനിത്യാഹ ഈ നിരന്തര സാധന ഇതാണ് സാധനം ഉം സാധകനെ അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുന്ന സാധന എന്താന്ന് വെച്ചാൽ സാധകനെ അന്വേഷിക്കലാണ് ധ്യാനം എന്താന്ന് വെച്ചാൽ ധ്യാനിക്കണവാരെന്ന് അന്വേഷിക്കലാണ് സംസാര ബന്ധ വിമുക്തി എങ്ങനെ ബന്ധിച്ചിരിക്കുന്നവനാരാ ബന്ധപ്പെട്ടിരിക്കുന്നവനാരാ എന്ന് അന്വേഷിച്ച ഈ ക്ഷണത്തിൽ മുക്തി ആ മറന്ന ബന്ധം ഒരു ക്ഷണം ബന്ധം ഓർമ്മ വെച്ചാൽ മുക്തി ശ്രദ്ധിച്ച മുക്തി അശ്രദ്ധ എന്ന് പറയാൻ ബന്ധം അപ്പൊ അധ്യാത്മനിത്യാഹ അവർക്ക് നിത്യമാണത് അതോ ഒരു ക്ഷണ നേരത്തേക്ക് വിട്ടുകളയാതെ സന്തത്തം ചലിച്ചു പോവാതെ തളർന്നു പോവാതെ സന്തോഷമായിട്ട് ഈ അനുസന്ധാന ലഹരിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അധ്യാത്മനിത്യാഹ ആ രസം ഉള്ളിൽ കയറിയപ്പോ എന്തായി വീട്ടിൽ നല്ല പായസം അല്ലേ പായസത്തോടെ ശാപ്പാടുള്ളപ്പോ തെരുവിലാരെങ്കിലും ഭിക്ഷ എടുക്കാൻ പോവോ നമ്മളിപ്പോ ചെയ്യുന്നത് അതാണ് ഗൃഹസ്ഥം പായസം തെക്ക് ഭിക്ഷാമടതി ദുർമതി വീട്ടിൽ പായസം ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് തെരുവിൽ ഭിക്ഷ എടുക്കാൻ പോവോ ഹൃദയത്തിൽ ആനന്ദ വെള്ളം ഉം തായ് തായ് പറയുന്നു അവിടെ അഖണ്ഡാകാരമായ ആനന്ദത്തിന്റെ വെള്ളപ്പൊക്കം എന്നാണ് അത് ഏർപ്പെടുമ്പോ പുറമേക്ക് ആരെങ്കിലും ഒക്കെ പൊട്ടക്കുളത്തിൽ അന്വേഷിച്ച് നടക്കോ ഉം ആ ആനന്ദം ഏർപ്പെടുമ്പോ അദ്ദേഹവും നാട്ടിലുള്ളവരെയൊക്കെ വിളിക്കണത്രേ എല്ലാവരും വരൂ എല്ലാരും വരൂ എന്ന് വിളിക്കാം എന്താപ്പൊ നിങ്ങളിങ്ങനെ വിളിക്കണമെന്ന് വെച്ചാൽ കാക്കയ്ക്ക് നാല് വെറ്റിട്ടാൽ കാക്ക കാക്കാ കാക്ക നാല് വെറ്റ് കിട്ടിയ കാക്ക നാട്ടിലുള്ള കാക്കകളെയൊക്കെ വിളിക്കുമ്പോ ഈ പരമാനന്ദം കിട്ടിയ ഞാൻ വെറുതെ ഇരിക്കൂ എന്ന് അദ്ദേഹം ചോദിക്കണം കാക്കം ഉറവ് കലന്ത് മുന്നക്കണ്ടി ഖണ്ഡാകാര ശിവാനുഭവ പേരിൻപെള്ളം പൊങ്കി തതുമ്പി പൂരണമായി ഏകഗുറുവായി കിടക്കിത് അയ്യോ അഖണ്ഡാകാര ശിവാനുഭവ പേരിൻപെള്ളം മലയാളികൾക്ക് തന്നെ മനസ്സിലാവും അഖണ്ഡാകാരമായിട്ടുള്ള ശിവാനുഭവത്തിന്റെ വെള്ളപ്പൊക്കം ഫ്ലഡ് ആ ഫൗണ്ടൻ ഹെഡ് തുറന്നു പൊങ്കി തതുമ്പി പൊങ്കി തതുമ്പിന്ന് വെച്ച പൊങ്ങി വന്ന് നിറഞ്ഞു കവിയുന്നു ഏക ഗുരുവായി രണ്ടില്ലാതെ ഏകവസ്തുവായി കിടക്കത് അയ്യോ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു കവിഞ്ഞു കിടക്കുന്നു എന്നാണ് കകം ഉറ ഈ എടുത്ത ദേഹം വീഴും ഈ ശരീരം വീണുപോകുന്നതിന് മുമ്പ് ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തീരെ ജഗത്തിലുള്ളവരൊക്കെ വരൂ എന്നാണ് ഈ ലോകത്തിലും പരലോകത്തിലും ഉള്ളവരും ഒക്കെ വരട്ടെ ഈ ശരീരം വീണുപോകുന്നതിന് മുമ്പ് ഇത് അനുഭവിക്കണം എടുത്തദേഹം വിഴുമ്മുൻ ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തി കാക്കം ഉരവ് കലന്ത് ഉണ്ണക്കണ്ടി ഒരു കാക്ക നാല് വേറ്റിട്ടാൽ എല്ലാരെയും വിളിച്ച് അനുഭവിക്കണ പോലെ ഈ ആനന്ദ പേരാന അനുഭൂതി ഉള്ളിലെങ്ങനെ തേനൂറി നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് വെറുതെ തനിച്ച് തിന്നാൻ തോന്നണില്ല വരുക എന്നാണ് എല്ലാരും വരുമെന്നാണ് അനുഭവിക്കാം അപ്പൊ എന്താ അധ്യാത്മനിത്യത്വം ഉള്ളിൽ ഏർപ്പെടുമ്പോ ആ ആനന്ദം ബിനിവൃത്ത കാമാഹ ബാക്കിയുള്ള കാമനങ്ങളൊക്കെ വിട്ടുപോയി ഇനി ആരും പോയി നിക്കുവോ ആ ആനന്ദസ്ഥിതി കണ്ടെത്തിയപ്പോ എന്തായി ലോകത്തിൽ സാധാരണ ഉള്ള ഈ സുഖം ദുഃഖം ഇതിലൊന്നും കണ്ണില്ല തണുപ്പ് ചൂട് ഇതിലൊന്നും ശ്രദ്ധയില്ല എല്ലാം അനുഭവിക്കും ഈ ആനന്ദം അനുഭവിക്കുന്നവന് ശരീരമുള്ളതോളം പ്രാരബ്ധം കൊണ്ടുള്ള സുഖ ദുഃഖങ്ങളൊക്കെ അയാൾക്കും വരും പക്ഷെ എന്തൊക്കെ തന്നെ വന്നാലും കള്ളുപുടിച്ചിരിക്കണവന് വസ്ത്ര ഊരി വീണ പോലെ അയാൾക്ക് ശരീരം വീണ പോലും അറിയില്ല എന്നാണ് ഭാഗവതം പറയുന്നത് മതിരാ മതാന്ത എന്നാണ് മതി ഭാഗവതത്തിന്റെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന എക്സാമ്പിളല്ല മതിരാ മതാന്ത ചെയ്ത ആൾക്ക് വസ്ത്രം അഴിഞ്ഞു വീണ അറിയില്ല അതുപോലെ ഈ ആനന്ദത്തിൽ അധ്യാത്മനിത്യനായിട്ട് ഇരിക്കുന്നവന് ശരീരം എവിടെങ്കിലും ഒക്കെ ഒരു ദിവസം വീണുപോയാലും അയാൾക്ക് അറിയില്ല ദ്വന്ദ്വൈർ വിമുക്തജ്ഞൈ അയാൾക്ക് സുഖം ദുഃഖം രണ്ടും സമം ദുഃഖമാവട്ടെ ഓ അതും ഏൽക്കും സുഖമാവട്ടെ അതും ഏൽക്കും സാധുവിജ്യമാനേപി പീഢ്യമാനേപി ദുർജനൈ സമഭാവോ ഭവേദീവൻ മുക്ത ലക്ഷണ ആചാര്യസ്വാമികൾ പറയുന്നു സാധുക്കൾ കഴുത്തലും മാലയിട്ട് അഭിഷേകം ചെയ്ത് പൂജിക്കട്ടെ ചിലർ വന്ന് കല്ലെടുത്ത് എറിയട്ടെ തല്ലട്ടെ ചീത്ത വിളിക്കട്ടെ സമഭാവോ ഭവ്യസ്യ രണ്ടോ സമം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പൂജ എന്നാണ് രമണ മഹർഷി രമണാശ്രമം കെട്ടിയപ്പോ കള്ളന്മാര് വന്നു ആശ്രമത്തിൽ വല്ലതും ഉണ്ടാവും എന്ന് ആശ്രമത്തിൽ കയറി ഒക്കെ കുറഞ്ഞു ഒന്നും കിട്ടിയില്ലേ അവർക്ക് കാലിൽ അടിച്ചു അടിച്ചടുത്ത ദിവസം കാല് വീങ്ങി പോരെങ്കിൽ ഈ കാലിലും കൂടെ അടിച്ചോടും അടുത്ത ദിവസം പോലീസുകാരും നാട്ടുകാരും വന്നു അയ്യോ സ്വാമി ഇങ്ങനെ സംഭവിച്ചുവല്ലോ അതെ അതെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പോലെ സ്വാമിയെ പൂജിക്കുന്നു അവരവർക്ക് അറിഞ്ഞ പോലെ സ്വാമിയെ പൂജിച്ചു ഒന്നും വേണ്ടില്ല അവർക്ക് അറിഞ്ഞ പോലെ അവർ സ്വാമിയെ പൂജിച്ചു എന്നാണ് അപ്പൊ എന്താ ദ്വന്ദ്വയർ വിമുക്താഹ എല്ലാ സമയത്തും സമഭാവമാണ് മേത്ത് മുഴുവൻ പച്ചമുളക് അരച്ച് തേച്ചു ഒരിക്കൽ അദ്ദേഹത്തിനെ പല വിധത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആളുകൾ കക്കാൻ വന്ന കള്ളന്മാരെ ഇദ്ദേഹം ഒരു മാവിന്റെ ചവിട്ടിലിരിക്കണു മാങ്ങ പറിക്കണം ഇദ്ദേഹം അനങ്ങാതിരിക്കുകയാണ് അപ്പൊ ഒരു വിചാരിച്ചു വേണം എന്ന് വെച്ച് ഇയാളിങ്ങനെ അനങ്ങാതിരിക്കുകയാണെന്ന് തോന്നി പച്ചമുളക് അരച്ച് തേച്ചു ആശയോട് പിന്നീട് ചോദിച്ചപ്പോ പറഞ്ഞു ആദ്യം കൊറച്ച് എരിഞ്ഞു പിന്നെ നല്ല തണുപ്പായിരുന്നു പിന്നെ ഏതോ പുസ്തകത്തിൽ കണ്ടു തോലിനെ നല്ലതാണോ എന്ന് കാണുകയും ചെയ്തു തോന്നുന്നു അപ്പൊ എന്താ സുഖമാവട്ടെ ദുഃഖമാവട്ടെ രണ്ടിനോടും പറ്റിക്കൂടാതെ വിമുക്താഹ ദ്വന്ദ്വങ്ങളുടെ പിടിയിൽ നിന്ന് വിമുക്തരാണ് ദ്വന്ദ്ം മനസ്സ് ഇങ്ങോട്ടും ഗുണദോഷം ഇതൊരു ദ്വന്ദ് ഭാഗവിതത്തിൽ എന്താ ഗുണം എന്താ ദോഷം എന്ന് ഉദ്ധവർ ചോദിച്ചു ഭഗവാനോട് ഭഗവാൻ പറഞ്ഞു ഗുണദോഷ ദൃശ്യ ഗുണസ്തു ഉഭയവർജിത ഇത് ഗുണം ഇത് ദോഷം ഇത് നല്ലത് ഇത് ചീത്ത ഇത് എനിക്ക് വേണം ഇത് വേണ്ട ഇത് സുഖജനകം ഇത് ദുഃഖജനകം ഈ ബുദ്ധിയെ ഉപേക്ഷിക്കുന്നത് ഗുണം ഈ ബുദ്ധി വെച്ചുകൊണ്ടിരിക്കുന്നത് ദോഷം അപ്പോ ഈ രാഗദ്വേഷത്തിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോ ദ്വന്ദ്വം തനിയെ വിട്ടുപോകുന്നു ദ്വന്ദ്വൈർ വിമുക്താഹ സുഖദുഃഖസംജ്ഞേഹി അപ്പൊ എന്താവുന്നു അവര് മാത്രം മൂഢന്മാരല്ല എന്നാണ് നമ്മളെ ശങ്കരാചാര്യർ മൂഢമതേ എന്ന് പറഞ്ഞപ്പോ ചിലർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു ആചാര്യസ്വാമി ഇങ്ങനെ മൂഢമതേ എന്നൊക്കെ വിളിക്കാമോ അത് ശങ്കരൻ അല്ല എഴുതിയത് എന്ന് വരെ പറഞ്ഞു അപ്പൊ ഭഗവാൻ അല്ല ഭഗവത്ഗീത പറഞ്ഞതെന്ന് നമ്മളിവിടെ പറയേണ്ടി വരും തറയിടത്തെ മൂഢബുദ്ധ ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട് ഗീതയിലെയും ഇവിടെ പറയുന്നു അജ്ഞ മൂഢൻ എന്നുള്ളതിന് ഈ ജ്ഞാനികൾക്ക് ഇതിനു മേലെ ഒരു അസഭ്യം പറയാൻ വയ്യ എന്തു എന്താ മൂഢൻ എന്ന് വച്ചാൽ ീ ജ്ഞാനത്തിനെ അജ്ഞാനം മറച്ചു കളയുന്നതിന് മൗഢ്യം എന്ന് പേര് ആ മൗഢ്യം ആർക്കൊണ്ടോ അവൻ മൂഢൻ അത്രേ ഉള്ളൂ ആ ഈ മൂഢത എപ്പോ പോകും എല്ലാരും മൂഢന്മാരാണ് എന്നാണ് രണ്ട് ഭാഗവതത്തില് പറഞ്ഞു ഒന്നിൽ അത്യന്ത മൂഢനായിരിക്കണം അല്ലെങ്കിൽ ജ്ഞാനിയായിരിക്കണം നടുവിലിരിക്കാൻ പാടില്ല അത്രയും നടുവിലിരുന്ന ആത്മഹ കഷ്ടമാണ് യശ്ച മൂഢതമോ യസ്തു ബുദ്ധേഹ പരംഗതേതെ ക്ലിഷ്യതി അന്തരിതോചന എന്നാണ് അത്യന്ത മൂഢനാണെങ്കിൽ തമിഴ് വടികട്ടിനെ മുഠാളും ചൊല്ലുക ഡിസ്റ്റിൽഡ് ഫുൾ അപ്പൊ അത്യന്ത മൂഢനാണെങ്കിൽ അയാളും സുഖമായിട്ടിരിക്കും ലോകത്തിൽ എന്ത് കുഴപ്പം പറ്റിയാലും അയാൾക്കൊന്നും കുഴപ്പം പറ്റില്ല ആര് ബുദ്ധിയെ കടന്നു പോയവനോ അവനും സൗഖ്യമായിട്ടിരിക്കും ഈ നടുവിലുള്ള ആളുകളുടെ കാര്യമൊക്കെ കഷ്ടമാണ് ആത്തൊന്ന് വിട്ടു അമ്മാട്ട് എത്തിയെന്നുള്ളതായിട്ട് ഇല്ലത്തൊന്ന് പുറപ്പെടുകയും ചെയ്തു എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല നടുവ് നടുവിലിങ്ങനെ കുടുങ്ങിയ സ്ഥിതിയാണ് അപ്പോ ഈ സത്യം കണ്ടെത്തി കഴിയുമ്പോ ഉള്ളിലുള്ള ആത്മതത്വം തെളിഞ്ഞു കഴിയുമ്പോ സ്വരൂപപ്രകാശം ഉണ്ടാവുമ്പോ ഗച്ഛന്തി അമൂഢാ അവര് മൂഢന്മാരല്ല എവിടെ എത്തുന്നു അവ്യയം പദം ഗച്ഛന്തി ഒരിക്കലും നശിക്കാത്തതും ഇനിമേലാൽ നഷ്ടപ്പെടാത്തതും ശാശ്വതവും ആയിട്ടുള്ള പരമപഥത്തിനെ അവർ അവരിൽ തന്നെ കാണും പരമപഥത്തിനെ എവിടെയെങ്കിലും പോയിട്ട് കണ്ടതല്ല പരമപഥത്തിൽ ചെന്ന് നിന്നതുമല്ല പരമപഥം ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ഇഹചേത് ശരീരത്തിൽ ഉള്ളപ്പോ തന്നെ ഇവിടെ തന്നെ ആ പരമപഥത്തിനെ കാണും ആ പരമപഥത്തിന്റെ ലക്ഷണം എന്താ അതാണ് അടുത്ത ശ്ലോകത്തില് പറയുന്നത് സൂര്യോ നശാകോന് പാവകർത്തേ സൂര്യോ നശാകോണ പാവകർത്തേ മമ പ്രസിദ്ധമായ ഒരു മന്ത്രത്തിന്റെ ഒരു അനുവാദം പോലെയാണിത് ഭാഗവ ഉപനിഷത്തിലെ പല മന്ത്രങ്ങളും ഭഗവാൻ ഗീതയിലെ അല്പം വ്യത്യാസത്തോട് പറയുന്നുണ്ട് നത്ര സൂര്യോ ഭാതി നന്ദ്രതാരകം നേ വിദ്യു ഭാതി കുയം അഗ്നി തമേവന്തം അനുഭാതി സർവം തസ ഭാസമിതം വിഭാതി അന്ത്രാർത്ഥം ആ അനുഭൂതി ദശയിൽ ആ പരമപഥത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നില്ല നത്ര സൂര്യോപാധി ഇവിടെ നാസയതൂര്യ എന്ന് ഭഗവാൻ മാറ്റി സൂര്യൻ ആ പരമപഥത്തിനെ പ്രകാശിപ്പിക്കുന്നില്ല ഉം ന ശശം അംഗത്തിൽ ഉള്ളവൻ ശശാങ്കോ മൊയലിനോ മൊയലിനെ അംഗത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന് വെച്ചോള ശശാങ്കനും അവിടെ അതിനെ പ്രകാശിപ്പിക്കുന്നില്ല ന ശശാങ്കോ നാവക അഗ്നിയും ആ പരമപഥത്തിനെ പ്രകാശിപ്പിക്കുന്നില്ല യത്വ ആ പരമപഥത്തിൽ എത്തിക്കഴിയുമ്പോ നവർത്തന്റെ വീണ്ടും തിരിച്ചു വരികയില്ല അവിടെ ചെന്നുകഴിഞ്ഞാൽ കഴിഞ്ഞു അവിടെ പോവാനേ പറ്റുള്ളൂ വരാൻ പറ്റില്ല അവിടെ പോക്കെന്ന് വെച്ചാൽ എന്താ ആ സത്യം ഉള്ളിൽ തെളിഞ്ഞാൽ ആള് കഴിഞ്ഞു ഇന്നലെ പറഞ്ഞല്ലോ ആന വിഴുങ്ങിയ വിളാമ്പഴം പോലെ പുറമേക്ക് അതേപോലെ ഉണ്ടാവും ഉള്ളിലുള്ള ആള് കാലി അപ്പോ യദ്ഗത്വനീവർത്തേമ പരമം മമ അതിന്റെ പരമമായ ധാമം ആണ് ധാമം എന്ന് വെച്ചാൽ പദം ഉം സ്വരൂപം ധാമനാസ്വേന സദാ നിരസ്ത കുഹകം സത്യം പരം ധീമഹി ആ ധാമം സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ കാണാൻ വയ്യ സൂര്യനെ അതാണ് പ്രകാശിപ്പിക്കുന്നത് ചന്ദ്രനെ അതാണ് പ്രകാശിപ്പിക്കുന്നത് നക്ഷത്രങ്ങളെ അതാണ് പ്രകാശിപ്പിക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ ഇരുന്ന് കണ്ണിനെ അതാണ് പ്രകാശിപ്പിക്കുന്നത് ബുദ്ധിയെ അതാണ് പ്രകാശിപ്പിക്കുന്നത് മനസ്സിനെ അതാണ് ചലിപ്പിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ പ്രകാശിക്കുന്നത് ആ പരമപദം തന്നെ പക്ഷേ ആ പരമപദം ഇവിടെ അറിയപ്പെടുന്നില്ല ഉം സവേത്തിവേദ്യം എന്നാണ് അതിനെ ആരും അറിയുന്നില്ല പക്ഷെ അത് എല്ലാത്തിനെയും അറിയുന്നു അതെന്താ എല്ലാത്തിനെയും അറിയുന്നു അറിവിന് അറിവാണത് കണ്ണിന് കണ്ണാണ് അത് അതെല്ലാത്തിനെയും കാണുന്നു അതിനെ ആരും കാണുന്നില്ല അതെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു അതിനെ ആരും പ്രകാശിപ്പിക്കുന്നില്ല അതെങ്ങനെ പ്രകാശിക്കുന്നു സ്വയം പ്രകാശം ഒരു വിളക്കുണ്ടോന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട എവിടെ ഇപ്പോൾ ലൈറ്റ് ഉണ്ടോ അറിയാൻ ടോർച്ച് അടിച്ചു നോക്കണോ അത് എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് സ്വയം പ്രകാശം അല്ലേ അപ്പോ സ്വയം പ്രകാശമായ വസ്തുവിനെ കണ്ടെത്തിയാൽ സർവേശ്വരനെ കണ്ടെത്തി അനുഭൂതി ഹി സ്വയം പ്രകാശ വേദാന്തികൾ പറയും ആ അനുഭൂതിയെ കണ്ടെത്തണം ഏത് അനുഭൂതി സ്വയം പ്രകാശമാണോ ഏതൊന്നിനും മറ്റുള്ള ഒന്നിന്റെയും സഹായം വേണ്ടയോ ആ അനുഭൂതി എവിടെയാണോ ഉള്ളത് ഏ ഇപ്പോ സൂര്യൻ പ്രകാശിക്കുന്നു ചന്ദ്രൻ പ്രകാശിക്കുന്നു സൂര്യനുണ്ട് ചന്ദ്രൻ ഉണ്ട് എന്ന് ആരും സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട എന്ന് നമുക്ക് തോന്നും പക്ഷെ സൂര്യനും ചന്ദ്രനും പോലും സർട്ടിഫിക്കറ്റ് വേണം പ്രകാശിക്കണെന്ന് അറിയണമെങ്കിൽ ഏതൊന്നുള്ളതുകൊണ്ട് സൂര്യൻ പ്രകാശിക്കുന്നുവോ ഏതൊന്നുള്ളതുകൊണ്ട് ചന്ദ്രൻ പ്രകാശിക്കുന്നുവോ ഏതൊന്നുള്ളതുകൊണ്ട് നക്ഷത്രം പ്രപഞ്ചം ഒക്കെ തന്നെ അറിയപ്പെടുന്നുവോ അതിനൊക്കെ ആശ്രയഭൂതമായിട്ടുള്ള അറിവ് അവബോധം ജ്ഞപ്തി ചൈതന്യം അതിനെയാണ് ഭഗവാൻ തന്റെ ധാമം പരമപദം എന്ന് പറഞ്ഞത് ആ പദം തെളിഞ്ഞാൽ പിന്നെ ചലനം നിൽക്കും ചലനം നിൽക്കുന്നതിനാണ് നിവർത്തൻ തേ എന്ന് പറഞ്ഞ നിവർത്തൻ തേ എന്ന് വെച്ചാൽ സൃഷ്ടിയിലേക്ക് വീഴുക സൃഷ്ടി എന്ന് വെച്ചാൽ തന്നെ എന്താണ് ചലനമാണ് അച്ചലത്തിനെ കണ്ടാൽ ഈ ചലനം നിന്നുപോകും അതിനുശേഷം ചലിച്ചാലും ചലിക്കില്ല ആട്ടെ അപ്പോ ഈ ശ്ലോകം വളരെ പ്രധാനമാണ് ഇനി വരുന്ന ശ്ലോകങ്ങളൊക്കെ തന്നെ വളരെ പ്രധാനമാണ് ഈ ശ്ലോകം നമ്മള് നാളെ വിസ്തരിച്ച് കാണാം ഫാളാവനമൃത്കിരീട്ടം ഫാലനേത്രാചിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരതികൂട്ടം ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദേവ ശംഭോ മഹാദേവേശ ശംഭോ അംഗേ വിരാജദ്ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാങ്കം ഓടീകുരംഗം സിദ്ധസംസേവിതം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ നിം ചിദാനന്ദുദാശേഷോകേശ വൈരി പ്രതാ കത്തരാഗേന്ദ്രചാസം ഭജേ ദിവ്യസന്മാർഗന്ധു ശംഭോ മഹാദേവേവംഭോ മഹാദേവേശംഭോ കർപ്പർപ്പഘ്നമീശം കാളകോമകെശം കുന്ദ് ഭദന്തശം കോടി സൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദേ ൂതേരുദാരം മന്ദഗേന്ദ്രസാരം മഹാഗൗര്യദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹദ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ േ പി സുഖിന് സന്തു സന് നിരാമയാേ ഭദ്രാ പശ്യന്തു മാ കിഖഭ്ഭവേത് കാന്ചാ മനസേന്ദ്രിർവുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കയത് സകലം പരസ്മൈ നാരായ സമർപ്പി